Thank mm -hmm. you. ൈദ്യ വിദ്യദർശനോത്യ <coughs> ൃതത്വ ദർശനമായ അത് അവിദ്യാകൃതമാണോ അതുകൊണ്ടാണ് വിദ്യയാവസ്തുത്വ ദർശനം വിദ്യയിലൂടെ അത് അവസ്തുവാണെന്ന് ബോധിക്കുന്നത് വിദ്യ ഉപനിഷത്ത് ഉപദേശിക്കുന്ന വിദ്യ തത്വമസി വിദ്യ ആത്മവിദ്യ അതിലൂടെ അവസ്ഥത്വ ദർശനം അവസ്ഥത്വജ്ഞാനം ജാഗ്രസ്വപ്നങ്ങൾ അവസ്ഥ ആണെന്നോ പരമാർത്ഥമല്ല മിഥ്യയാണെന്നോ അല്ലെങ്കിൽ പരമാർത്ഥമല്ലെന്നോ രണ്ടോ ആജ്ഞാനം ഉണ്ടാകുന്നു അതിന് യുക്തിയുണ്ട് പക്ഷെ ഇത് പരമാർത്ഥം അല്ല എന്ന് ബോധിക്കണമെങ്കിൽ അവിദ്യാവൃതമായിരിക്കണം ദ്വതചന്ദ്ര േണ ചുഷ്തനഗ്രഹ്യത തിമിരമില്ലാത്തവൻ രണ്ടാമത്തെ ചന്ദ്രനെ ഗ്രഹിക്കാൻ പറ്റില്ല എങ്ങനെയാണോ തിമിരമുള്ളവൻ രണ്ടാമതൊരു ചന്ദ്രനെ കൂടെ കാണുന്നത് അതുപോലെ തിമിരയില്ലാത്തവനത് കാണാൻ കഴിയില്ല തിമിരയില്ലാത്തവനും ഒരു ചന്ദ്രനെ ഉള്ളു രണ്ടാമത്തെ ചന്ദ്രനോ അവസ്ഥ പല ദൃഷ്ടാന്തങ്ങളും ഇതിനുവേണ്ടി പറയുന്നത് രജിസർപ്പും ഇവിടെ പറഞ്ഞ ദ്വിതീയ ചന്ദ്രൻ മരുമരീചിക ഈ ദൃഷ്ടാന്തങ്ങളിലെല്ലാം അതിവിടെ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് ഇതിന്റെ അവസ്തുത്വം ഇത് വസ്തുവല്ല പരമാർത്ഥമല്ല അതെങ്ങനെയുള്ള പരമാർത്ഥത എന്താണോ പരമാർത്ഥമായിരിക്കുന്ന ആത്മാവ് ആത്മാവിനെ അപേക്ഷിച്ചത് പരമാർത്ഥമുണ്ട് അങ്ങനെയാണ് കാരണം പരമാർത്ഥം ആണ് പരമാർത്ഥം അല്ല എന്ന് പറയുമ്പോൾ അത് ഈ വ്യവഹാരത്തിലുമുണ്ട് വ്യവഹാരത്തിലും നമ്മൾ പറയും സത്യം അസത്യം സത്യം മിഥ്യ പരമാർത്ഥം പരമാർത്ഥമല്ലാത്തത് എന്ന് പറയുന്നത് നമ്മുടെ അനുഭവത്തിലുണ്ട് അതല്ല ഇവിടെ പറയുന്നത് ഇവിടെ പരമാർത്ഥമായി വ്യവഹാരത്തിലെ പരമാർത്ഥത്തൊന്നും പറയുന്നില്ല ഒരാള് സത്യം പറയുന്നു മറിച്ച് കള്ളം പറയുന്നു സത്യത്തെ നമ്മൾ പരമാർത്ഥമെന്ന് പറയും കള്ളം പറയുന്നതിനെ പറയും അത് പരമാർത്ഥമല്ലാതെ യാതരത്തിലല്ല ഇവിടെ അവസ്ഥത്വം എന്ന് പറയുന്നത് ആത്മാവിനെ ആശ്രയിച്ചിട്ടാണ് നിങ്ങൾ തൻ്റെ അസ്തിത്വത്തെ ആശ്രയിച്ചിട്ട് ഞാൻ ആത്മാവിനെ ആശ്രയിച്ചിട്ടെന്ന് പറഞ്ഞു തൻ്റെ അസ്തിത്വം ജാഗ്രത്തിലുണ്ട് അനുഭവമുണ്ട് ഞാൻ സ്വപ്നത്തിലുമുണ്ട് അതും അനുഭവമാണ് സുഷൃത്തിയിൽ അനുഭവങ്ങളൊന്നുമില്ല സുഷുപ്തിയെ കുറിച്ച് ജാഗ്രതയിലിരുന്ന് സങ്കല്പിക്കാനേ കഴിയും ഒരാൾ സുപ്തനായിരിക്കുന്ന മേളയിൽ അനുഭവങ്ങളൊന്നുമില്ല സ്വപ്നം പോലെയോ ജാഗ്രത പോലെയോ അനുഭവം വന്നാൽ ഉടനെ സുഷുപ്തി അല്ല നഷ്ടപ്പെട്ടു പക്ഷെ ഉള്ളതിനു ശേഷം ഞാൻ സുപ്തനായിരുന്നു എന്നറിയാൻ കഴിയുന്നു സുഷുപ്തനായ ഞാനാണ് ഉണർന്നത് എന്ന് പറയുന്നു ഉണർന്നിരിക്കുന്ന ഞാനാണ് ഇനിയും സുഷുപ്തനാകുന്നത് എന്ന് പറയാൻ കഴിയുന്നു അപ്പൊ സുഷുതിയിൽ തന്റെ അസ്തിത്വത്തെ നിഷേധിക്കാൻ കഴിയുന്നില്ല ജാഗ്രത ജ്ഞാനം ശ്രവണം വിചാരം എല്ലാം ജാഗ്രതയിലാണ് അപ്പൊ ജാഗ്രതത്തിലെ അനുഭവം വെച്ച് ചിന്തിക്കുമ്പോ സുഷുതിയിലും തന്റെ അസ്തിത്വത്തെ നിഷേധിക്കാൻ കഴിയുന്നില്ല സുഹൃത്തിയിൽ തന്റെ അസ്തിത്വത്തെ സ്വയം അനുഭവിച്ചില്ലെങ്കിൽ അതാർക്കും അനുഭവിക്കാൻ കഴിയുന്നില്ല ജാഗ്രത എനിക്ക് പറയാൻ കഴിയുന്നു ഞാനിവിടെ ഉണ്ട് അഹമസ്മി ശ്രുതിയിൽ അങ്ങനെ പറയാൻ കഴിയില്ല എന്നാലും സുഷൃത്തിയിൽ അങ്ങനെ പറയാൻ കഴിയില്ലെങ്കിൽ പിന്നെ സുഷൃത്തിയിൽ തന്റെ അസ്തിവം ഉണ്ടെന്നുള്ളതിൽ എന്താ നിർമ്മാണം കാരണം സുഹൃത്തിയെ നമുക്ക് നിഷേധിക്കാൻ കഴിയുന്നില്ല സുഹൃത്തിയിൽ തന്റെ അസ്തിത്വത്തെ അനുഭവിച്ചില്ലെങ്കിലും സുഹൃത്തിയെ നിഷേധിക്കാൻ പറ്റുന്നില്ല എങ്ങനെ നമുക്ക് സുഹൃത്തിയെ നിഷേധിക്കണം കഴിയണം ഞാൻ ഉറങ്ങിയില്ല എന്ന് പറയാൻ പറ്റുന്നില്ല അപ്പോൾ ഉറക്കമെന്ന് പറയുന്ന ഒരു അവസ്ഥയെ നിഷേധിക്കാൻ കഴിയാത്തതുകൊണ്ട് അവസ്ഥ അംഗീകരിക്കേണ്ടി വരും ഉറക്കമെന്ന് പറയുന്ന ഒരവസ്ഥ അത് തന്നെയാണ് ഇതിൻ്റെ അസ്തിത്വം അതുകൊണ്ടാണ് അതിനെ നിഷേധിക്കാൻ കഴിയാത്ത പരമാവധി ആത്യന്തികമായി ഏതെന്തിനാണോ നമുക്ക് നിഷേധിക്കാൻ കഴിയാത്തത് അതാണ് ഇതിൻ്റെ അസ്തിത്വം ജാഗ്രത്തിൽ എല്ലാ ദൃശ്യങ്ങളെയും നോക്ക് നിഷേധിക്കാം ഇതില്ലാത്തതാണ് അതില്ലാത്തതാണെന്ന് പറയാം അവസാനം താനില്ലാത്തതാണെന്ന് പറയാൻ കഴിയുന്നില്ല അപ്പൊ തന്റെ അസ്തിത്വത്തെ നിഷേധിക്കാൻ കഴിയുന്നില്ല മാത്രമല്ല ഇവിടെ അസ്തിത്വ അനുഭവമുള്ളൂ ഞാനുണ്ട് ഞാൻ ഉണർന്നിരിക്കുന്നു ഞാൻ വിഷയങ്ങളെ അനുഭവിക്കുന്നു അസ്തിത്വം അനുഭവം ഞാൻ എന്നുള്ള രീതിയിലുണ്ട് സുഷുപ്തിയിലാണെങ്കിലോ ഞാൻ എന്നുള്ള രീതിയിൽ ഇല്ല ഇല്ലെങ്കിലും ആ സുഷുപ്തി നിഷേധിക്കാൻ പറ്റുന്നില്ല എങ്ങനെയാണ് നിഷേധിക്കേണ്ടത് ഞാൻ ഉറങ്ങിയില്ല അങ്ങനെ ഒരു അവസ്ഥ എനിക്കുണ്ടായില്ല എന്ന് പറയാൻ പറ്റുന്നില്ല സുഷുതിയുടെ അസ്തിത്വത്തെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ തന്റെ അസ്തിത്വത്തെ അംഗീകരിക്കുന്നു അപ്പം ജാഗ്രസ്വപ്നങ്ങളിൽ എങ്ങനെയാണോ തൻ്റെ അസ്തിത്വത്തെ അനുഭവിക്കുകയും അതിനെ നിഷേധിക്കാതിരിക്കുകയും ചെയ്യുന്ന അതുപോലെ സുഷുതിയെ നമുക്ക് നിഷേധിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് സുഷുപ്തിയിലും തൻ്റെ അസ്തിത്വമുണ്ട് എന്നാൽ എന്തുകൊണ്ടവിടെ അഹമസ്മി എന്ന് അറിയാൻ കഴിയുന്നില്ല കാരണം അവിടെ ദ്വൈതമില്ല അവിടെ അസ്തിത്വമുണ്ട് കേവലമായ അസ്തിത്വം മാത്രം ദ്വൈതം ഇല്ല എന്നാൽ അതിൽ നിന്ന് വേറിട്ട് രണ്ടാമതൊന്നില്ല രണ്ടാമതൊന്നിന്റെ അനുഭവമില്ല ഇല്ല എന്ന് പറയാൻ കാരണം സുഹൃത്തിയിൽ ഒരു തരത്തിലുള്ള അനുഭവങ്ങളുമില്ല അതുകൊണ്ട് ഇവിടെ ഭാഷകാരം പറയും അവിടെ അഗ്രഹണം ദ്വിതീയ സി അഗ്രഹണം രണ്ടാമതൊന്നിന്റെ ഗ്രഹണം അവിടെ ഇല്ല എന്നാൽ ശൂന്യം എന്ന് പറയാൻ വയ്യ എന്തുകൊണ്ട് ഞാൻ സുഷപ്തനായിരുന്നു എന്നുള്ളതിനെ നിഷേധിക്കാൻ കഴിയാത്തതുകൊണ്ട് രണ്ടാമതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ സുഷുപ്തനായിരിക്കുന്നു എന്ന് അനുഭവിക്കാനോ എന്ന് പറയാനൊന്നും കഴിയില്ല ആ അവസ്ഥയിൽ അങ്ങനെ അനുഭവിക്കണമെങ്കിൽ പറയണമെങ്കിൽ സ്മരിക്കണമെങ്കിൽ ദുരിതം രണ്ടാമതൊന്നു വേണം ജാഗ്രതത്തിലെപ്പോ ജാഗ്രതത്തിലെന്തുകൊണ്ട് പറയാൻ കഴിയുന്നു ഞാനിതാ ഉണർന്നിരിക്കുന്നു ഇവിടെ ദുരിതമുണ്ട് ദ്വൈതത്തിലൂടെയാണ് തന്റെ അസ്തിത്വത്തെ മനസ്സിലാക്കുന്നത് അതിന് പറയുന്നു ഗ്രഹണം എന്ന് പറയും അപ്പൊ ദ്വൈതത്തിലൂടെ തന്റെ അസ്തിത്വത്തെ മനസ്സിലാക്കുന്നത് ഗ്രഹണം ദ്വൈതം ഇല്ലാതിരിക്കുകയും അസ്തിത്വത്തെ നിഷേധിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നത് അഗ്രഹണം ഗ്രഹണവും അഗ്രഹണവും തമ്മിലുള്ള വ്യത്യാസം തന്റെ അറിയുക എന്നാൽ അതിനെ ഒരു തരത്തിലും നിഷേധിക്കാൻ കഴിയാതിരിക്കുക അത് ദ്വൈതം ജാഗ്രത് ഗ്രഹണം അറിയാൻ കഴിയാതിരിക്കുക എന്നാൽ അതിനെ നിഷേധിക്കാനും കഴിയാതിരിക്കുക അത് ആഗ്രഹണം അത് സുഷൃത്തിയിലേ ഉള്ളൂ ജാഗ്രത്തിൽ അങ്ങനെ ഒരു ആഗ്രഹമില്ല ജാഗ്രത്തിൽ സർവവും ഗ്രഹണരൂപത്തിലാണ് തന്നെ കുറിച്ചറിഞ്ഞാലും ആത്മാവിനെ കുറിച്ചറിഞ്ഞാലും പ്രപഞ്ചത്തെക്കുറിച്ചറിഞ്ഞാലും എല്ലാം ഗ്രഹണം അതിന് ഉദാഹരണം പറഞ്ഞെന്താണ് ഏകനായ ചന്ദ്രനും ദ്വതചന്ദ്രനും തിവരമുള്ളവനെ സംബന്ധിച്ച് രണ്ടാമത് ഒരു ചന്ദനെ കൂടെ കാണും തിവരയില്ലാത്തവനെ സംബന്ധിച്ച് ഒരു ചന്തമാത്രമേ ഉള്ളൂ അവരുടെ സുഷുപ്തിയിൽ കേവലനായ താൻ മാത്രം മറ്റൊന്നുമില്ല ഇവിടെ രണ്ടാമതെന്ന് എന്റെ അനുഭവമില്ല ഇല്ലെന്ന് എന്തുകൊണ്ട് പറയുന്നു അനുഭവമില്ലാത്തതുകൊണ്ട് വെറുതെ പറയുകയല്ല ജാഗ്രതത്തിൽ ഇതെല്ലാം ഉണ്ടെന്ന് എന്തുകൊണ്ട് അനുഭവം ഉള്ളതുകൊണ്ട് തന്നെ കുറിച്ചുള്ള അനുഭവമുണ്ട് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അനുഭവമുണ്ട് അപ്പൊ അനുഭവം ഉള്ളിടത്തെ ഉണ്ടെന്ന് പറയാൻ കഴിയും എന്നുള്ള അതും അനുഭവം തന്നെ ഉണ്ട് ഇല്ല എന്നുള്ള ഈ രണ്ട് അനുഭവങ്ങൾ നിലനിൽക്കുന്നു സുഹൃത്തിയിൽ ഉണ്ട് ഇല്ല എന്നുള്ള രണ്ട് അനുഭവങ്ങളും ഇല്ലെങ്കിൽ ശൂന്യം എന്ന് പറയില്ല എന്തുകൊണ്ട് പറഞ്ഞ് പറയാൻ കഴിയില്ല കാരണം ജാഗ്രത നിഷേധിക്കാൻ കഴിയുന്നില്ല നിഷേധിച്ചാലില്ലെന്ന് പറയാൻ കഴിയും ജാഗ്രതയിൽ നിഷേധിക്കാൻ കഴിയാത്തതുകൊണ്ട് അതില്ല അതുകൊണ്ട് ജാഗ്രത ഗ്രഹണമുണ്ട് സുഷുത്തിയിൽ ആഗ്രഹണം ഇതാണ് പ്രധാനമായി ചർച്ച ചെയ്യുന്നത് അപ്പോ ഈ ജാഗ്രതയിലെ ഈ ഗ്രഹണത്തിന്റെ അഭാവം സൃഷ്ടിയിലുണ്ടെന്ന് പറഞ്ഞാൽ തിമിരമുള്ളവൻ കാണുന്ന രണ്ടാമത്തെ ചന്ദ്രനെ തിമിരമില്ലാത്തവൻ കാണുന്നില്ല എന്ന് പറയുന്ന പോലെയാണ് അപ്പൊ രണ്ടാമതൊരു ചന്ദ്രനെ വരാൻ പാടില്ല അത് ശരിയാണ് ഉദാഹരണത്തിന് ശരിയാണ് തിമിരമില്ലാത്തവന് കാണുന്നില്ല പക്ഷെ ഇവിടെ അങ്ങനെയല്ലോ ഇവിടെ സാധാരണ പ്രപഞ്ചാനുഭവമുണ്ട് അത് തത്വജ്ഞാനിയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും പ്രപഞ്ചാനുഭവമുണ്ട് അജ്ഞനെ സംബന്ധിച്ചും പ്രപഞ്ചാനുഭവമുണ്ട് അപ്പം ഇവിടെ എങ്ങനെയാണ് ആഗ്രഹണം എന്ന് പറയുന്നത് സംഭവിക്കുന്നത് ശ്രുതി ശരിയാണ് ആഗ്രഹമുണ്ട് പക്ഷെ ജാഗ്രത്തിൽ ജ്ഞാനിയെ സംബന്ധിച്ചാലും ശരി അജ്ഞാനിയെ സംബന്ധിച്ചാലും ഗ്രഹണമുണ്ട് ജാഗ്രത സ്വപ്നങ്ങൾ അനുഭവിക്കുന്നു അതെങ്ങനെ സംഭവിക്കും അത് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത് സുപ്തസമാഹായത്തെയോർ അഗ്രഹണ ജ്ഞാനീ രണ്ടാമത്തെ ചന്ദ്രനെ കാണുന്നില്ല എന്ന് വെച്ചാൽ തിമിരമില്ലാത്തതും അതുപോലെ ഞാനിക്കും ആഗ്രഹണമാണ് എന്നാണ് പറയുന്നത് പക്ഷെ അത് അജ്ഞനെങ്ങനെ മനസ്സിലാക്കാം ഞാനീ സംബന്ധിച്ച് പറയുന്ന കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്യും ഞാനീ സംബന്ധിച്ച കാര്യം ജ്ഞാനിക്ക് അറിയാവൂ കാരണം ഞാനിയിലാണ് അജ്ഞനല്ല അജ്ഞൻ ഇതെങ്ങനെ മനസ്സിലാക്കും ഈ ഗ്രഹണ ആഗ്രഹങ്ങളെ അല്ലെങ്കിൽ അജ്ഞൻ എങ്ങനെ അദ്വൈതത്തെ മനസ്സിലാക്കും അതിനുദാഹരണം പറഞ്ഞു സുത്ത സമാഹിതയോർ അഗ്രഹ അജ്ഞനും പറഞ്ഞാറുണ്ടല്ലോ വർഗത്തിൽ അദ്വൈതം എന്തുകൊണ്ട അവിടെ രണ്ടാമതൊന്നുമില്ല അവിടെ ഗ്രഹണമില്ല അനുഭവമില്ല അനുഭവിച്ചാൽ അവിടെ ദ്വൈതം വരുന്നു അവിടെ അനുഭവമില്ല സമാഹിതൻ നായവൻ സമാധി പ്രാപിച്ചവൻ സമാധി പ്രാപിക്കാന്ന് പറഞ്ഞാൽ മനസ്സ് ഏകാഗ്രമാകുക ഈ രണ്ടു സ്ഥലത്തും അഗ്രഹണമുണ്ട് അപ്പോ സുഷുപ്ത ഉറക്കം അതിനെക്കുറിച്ച് നമുക്ക് ജാഗ്രതത്തിൽ ചിന്തിക്കാൻ പറ്റും ഉറക്കത്തിൽ ചിന്തിക്കാൻ കഴിയില്ല സമാഹിത ഏകാഗ്രത അത് കുറച്ചുകൂടെ വ്യക്തമാണ് ഏകാഗ്രതയിലെന്താ സംഭവിക്കുന്നത് മനസ്സ് ഒരു വിഷയത്തിൽ കേന്ദ്രീകരിക്കുമ്പോൾ മറ്റു വിഷയങ്ങൾ മനസ്സിന് മുമ്പിൽ അത് അഗ്രഹണം എന്ന് പറയാൻ കഴിയില്ല കാരണം അവിടെ ഗ്രഹണമുണ്ട് ഏതോ ഒന്നിനെ മനസ്സ് ഗ്രഹിക്കുന്നതുകൊണ്ടാണ് മറ്റൊന്നും മനസ്സിലില്ല അതിനാണ് ഇഷുകാരന്റെ അമ്പ് നിർമ്മിക്കുന്ന കൊല്ലന്റെ ഉദാഹരണം പറയുന്നത് എന്തുകൊണ്ട് ഇഷുകാരൻ മറ്റൊന്നും അറിഞ്ഞില്ല രാജാവിനെയും പരിവാരങ്ങളെയും കോലാഹലങ്ങളൊന്നും എന്തുകൊണ്ടറിഞ്ഞില്ല കാരണം മനസ്സ് ഒരിടത്ത് ഒരിടത്ത് ഏകാഗ്രമായതുകൊണ്ട് അതിനെങ്ങനെ ആഗ്രഹമെന്ന് പറയാൻ പറ്റും കാരണം എന്തോ അങ്ങനെ ഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടും മറ്റുള്ളതിനെ ഗ്രഹിക്കുന്നില്ല അതിനെ പൂർണ്ണമായ ആഗ്രഹമെന്ന് പറയാൻ കഴിയില്ല ആഗ്രഹണത്തെക്കുറിച്ചുള്ള നമ്മുടെ അനുഭവം ജാഗ്രത അനുഭവം പരമാവധി സമാധി അല്ലെങ്കിൽ ഏകാഗ്രതയൊക്കെയാണ് സമാധി എന്ന് പറയുമ്പോൾ സമാഹിതമായി എന്നാണ് മനസ്സ് ഏകാഗ്രമായി എന്നാണ് എവിടെ ഏകാഗ്രമായി മനസ്സിന് ഏകാഗ്രമാകാൻ വിഷയം വേണോ അപ്പൊ എവിടെയാണോ മനസ്സ് ഏകാഗ്രമായത് അതിനെ മനസ്സ് ജയിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അതിനർത്ഥമാണ് അതുകൊണ്ട് മറ്റ് ഗ്രഹണങ്ങളില്ല ആഗ്രഹണം എന്നെ അതിനർത്ഥമാണ് ഇത് ജാഗ്രതത്തിലെ അനുഭവമായതുകൊണ്ട് ഇതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം മനസ്സിലാക്കാം സുഷുപ്തി അതുപോലെ ആയിക്കൂടെ എന്നാണ് ചിന്തിക്കുന്നത് കാരണം സുഷുപ്തിയെക്കുറിച്ച് നമുക്ക് സുഷുപ്തി ചിന്തിക്കാൻ വയ്യും ജാഗ്രതയിൽ ചിന്തിക്കാൻ പറ്റും ജാഗ്രതയിൽ ആഗ്രഹണം സംഭവിക്കുന്നിടത്ത് മനസ്സ് ഒന്നിൽ ഏകാഗ്രമാകുന്നെങ്കിൽ അതേ ആഗ്രഹണം തന്നെയാണ് സുഷുപ്തിയിലും സംഭവിക്കുന്നത് സുഷുത്തി ആഗ്രഹണം അന്യാസക്തവർ അന്യാസക്തൻ പോലെ എന്നുവെച്ചാൽ മറ്റൊന്നിൽ മനസ്സ് ഉറച്ചിട്ട് മറ്റ് സർവജനയും ഗ്രഹിക്കാതിരിക്കുന്നതുപോലെ സുഷുത്തിയിലും മനസ്സ് എവിടെയോ ഉറച്ചിട്ട് ജാഗ്രത സ്വപ്നങ്ങളെ ഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞാലോ എന്നാ ശരിയല്ല സുഹൃത്തിയിലും മനസ്സെന്തിനെയോ ഗ്രഹിക്കുന്നു പോവിക്കുകയാണ് മനസ്സെവിടെയോ ഒന്നിൽ മുഴുകിയിരിക്കുന്നു മുഴുകിയിരിക്കുന്നതുകൊണ്ട് ജാഗ്രത സ്വപ്നാനുഭവങ്ങളില്ല എന്ന് കരുതിക്കൂടെ കാരണം ജാഗ്രതത്തിലെ ആഗ്രഹണം എവിടെ സംഭവിച്ചാലും അവിടെയെല്ലാം മനസ്സെവിടെയോ മുഴുകിയിരിക്കുന്നതായി കാണും ഉണർന്നിരിക്കുമ്പോൾ എന്തെങ്കിലും വിചാരത്തിൽ ഏകാഗ്രമാവുമ്പോൾ പ്രപഞ്ചത്തെ മറക്കുന്നു ആനന്ദത്തിൽ ഏകാഗ്രമായാൽ പ്രപഞ്ചത്തെ മറക്കുന്നു ദുഃഖത്തിൽ ഏകാഗ്രമായാൽ പ്രപഞ്ചത്തെ മറക്കുന്നു സർവത്ര ആഗ്രഹമാണ് പക്ഷേ മനസ്സിൻ്റെ മുമ്പിലൊരു വിഷയമുണ്ട് എവിടെ ആഗ്രഹണം സംഭവിക്കുന്നോ അവിടെ മനസ്സിന് വിഷയമുണ്ട് ഇതാണ് അനുഭവമെങ്കിൽ സുഷുപ്തിയിലും മനസ്സ് എവിടെയോ ഏകാഗ്രമായി അത് വളരെ തീവ്രമായ ശക്തമായ ഏകാഗ്രത ആയതുകൊണ്ട് ഈ ജാഗ്ര സ്വപ്നങ്ങളെ പൂർണ്ണമായും വിട്ടുപോയി അഗ്രഹണ അവിടെ പൂർണ്ണമാണെന്ന് പറഞ്ഞാലോ അന്യാസക്തവത് എന്ന് പറയുന്നതാണ് പറയുന്നു അത് ശരിയല്ല സർവഗ്രഹണ ജാഗ്രത്തിലെ ആഗ്രഹണവും സൃഷ്ടിയിലെ ആഗ്രഹണവും തമ്മിൽ വ്യത്യാസം ജാഗ്രത ആഗ്രഹണമെന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നിനെ ഗ്രഹിക്കുന്നു അതുകൊണ്ട് മറ്റ് മറക്കും മനസ്സിനവിടെ ഒരു വിഷയമുണ്ട് മനസ്സവിടെ പ്രവർത്തിക്കുന്നുണ്ട് സമാധീലം മനസ്സ് പ്രവർത്തിക്കുന്നു മനസ്സാണ് സമാധി പ്രാപിച്ചത് മനസ്സ് പ്രതിക്ഷണം തരണം വെച്ച് വിഷയങ്ങളെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടും സമാധിയില്ല അതേ മനസ്സ് തന്നെ എങ്കിലും ഒരു വിഷയത്തെ മാത്രം ഗ്രഹിച്ച ഏകാകാരപ്രത്യം അല്ലെങ്കിൽ സമാനപ്രത്യം അതിന്റെ ധാര പറയുന്നുണ്ടുള്ള തൈലധാര പോലെ മനസ്സ് ഒരേ വിഷയത്തിലേക്ക് പ്രവചിക്കുക അത് സമാധിയായി അതിന്റെ ഏകാഗ്രതയ്ക്കും അതിന്റെ വിഷയത്തിനുമൊക്കെ വ്യത്യാസങ്ങൾ വരാം അതിനനുസരിച്ച് സമാധിക്കും ഭേദങ്ങൾ വരാം അതൊക്കെ സംഭവിക്കാം പക്ഷെ അതിന്റെ തത്വം ഇത് അവിടെ ഗ്രഹണവും അഗ്രഹണവും സംഭവിക്കുന്നു ഒന്നിനെ ഗ്രഹിച്ചുകൊണ്ട് മറ്റന്നെ ഗ്രഹിക്കാതിരിക്കുന്നു സുശുപ് അങ്ങനെയല്ല സർവാഗ്രഹമാണ് അവിടെ ഒന്നിനെയും ഗ്രഹിക്കുന്നില്ല അതാണ് വ്യത്യാസം ഉറങ്ങിയിട്ട് ഉണർന്നിട്ട് എന്ത് പറയും ഞാൻ ഉറങ്ങി ഒന്നിനെയും അറിഞ്ഞില്ല ഞാൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്നോടെ ഒന്നിനെയും അറിഞ്ഞില്ല ആത്മാവിനെ അറിഞ്ഞില്ല അനാത്മാവിനെ അറിഞ്ഞില്ല ഒന്നിനെ അറിഞ്ഞില്ല സർവ ആഗ്രഹണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സർവഗ്രഹം സമാധിയിൽ നിന്ന് വരുന്നവൻ അങ്ങനെയല്ല പറയുന്നു ഞാൻ ഉറങ്ങി എന്നല്ല പറയുന്നു ഉറങ്ങിന്ന് വെച്ചാൽ എന്താ എന്റെ അർത്ഥം ഒന്നിനെ അറിഞ്ഞില്ലെന്നാണ് സമാധിയിൽ നിന്ന് വരുന്നവൻ അങ്ങനെയല്ല ഒന്നിനെ അറിഞ്ഞില്ലെന്നല്ല പറയുന്നു ഞാൻ എന്റെ ശരീരത്തെ അറിഞ്ഞില്ല എന്റെ ചുറ്റുപാടുകളെ അറിഞ്ഞില്ല പക്ഷെ എവിടെയായിരുന്നു ആൾ പറഞ്ഞ ആനന്ദത്തിലായിരുന്നു എനിക്ക് മനസ്സുകൊണ്ട് ഉപകരിക്കാൻ വയ്യാത്ത ഏതോ ഒരു അനുഭവ തലത്തെക്കുറിച്ചാണ് പറയുന്നത് പലതാകാം സമാധിയുടെ സ്വഭാവമനുസരിച്ച് അഭ്യാസത്തിന്റെ സ്വഭാവം അനുസരിച്ച് പല അനുഭവ തലങ്ങളെയും വർണ്ണിക്കണം ഇവിടെ ഗ്രഹണത്തെ നിഷേധിക്കാമോ ഗ്രഹണത്തെ നിഷേധിച്ചാൽ ഞാൻ സമാധിയിലായിരുന്നു എന്ന് പറയാൻ കഴിയുന്നു സമാധിയിലായിരുന്നു പക്ഷെ എനിക്കത് വിശദീകരിക്കാമോ ഉറക്കമാണോ അല്ല ഉറക്കമല്ല എന്താ വ്യത്യാസം ഉറക്കത്തിൽ ഞാൻ ഒന്നിനി ഇറങ്ങില്ല സമാധിയിലെങ്ങനെയാണ് സമാധി എന്ന് പറയുന്നൊരു അനുഭവമാണ് ഗ്രഹണമാണ് അഗ്രഹണമുണ്ടെ സമാധിയിൽ മറന്നതോ അത് ഈ നാനാത്ത ഗ്രഹണത്തെ മറന്നു രണ്ടൊന്നുമില്ല വ്യത്യാസമുണ്ട് സമാധിയിൽ ഗ്രഹണം ശേഷിക്കുന്നു സുഹൃത്തിയിൽ അഗ്രഹണം ഒരാൾ പറയുന്ന അങ്ങനെ അല്ലല്ലോ സമാധിയിൽ ഞാൻ ഒന്നിനെയും ഗ്രഹിച്ചില്ലല്ലോ ഞാൻ സമാധിസ്ഥനായിരുന്നു ഇതുവരേക്കും പക്ഷെ എനിക്ക് ഞാൻ ഒന്നിനും ഗ്രഹിച്ചില്ല അതാണ് എന്റെ സമാധി അങ്ങനെയും വരാ സമാധി അത് സമാധിയിലേക്ക് ഒരാൾ പരിശ്രമിച്ച് ചെന്നെത്തിയത് ഉറക്കത്തിൽ വളർന്നതിന് ശേഷം പറയും ഞാൻ ഇതുവരെ സമാധിയിലായിരുന്നു ഒന്നിനെ ഗ്രഹിച്ചില്ല എന്ന് പറയാം അത് ഉറക്ക സമാധി സാറിന് നമ്മുടെ സമാധി അങ്ങനെയാണ് സർവാഗ്രഹണമാണ് അത് ഒന്നിനെ ഗ്രഹിക്കാറില്ല എല്ലാ തന്നെ സമാധി എന്ന് എന്തുകൊണ്ട് തെറ്റിദ്ധരിക്കുന്നു കാരണം സമാധിക്ക് വേണ്ടിയാണ് ശ്രമിച്ചത് എത്തിച്ചേർന്ന് ഉറക്കത്തിൽ തിരിച്ചു വരുമ്പോൾ പോയ വഴി തന്നെ വരുന്നു അപ്പോ വരുന്നത് എന്താണ് ഇതുവരെ ഞാൻ ഒന്നും അറിയാത്ത സമാധിയിലായിരുന്നു എന്ന് ഒന്നും അറിയാത്ത സമാധിയാണ് ഉറക്കം അത് സമാധിയാണ് ഒന്നും അറിയാത്ത സമാധി സർവാഗ്രഹണം ഉറക്കം രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒരു സ്ഥലത്തെന്താണ് അന്യാസക്തി മനസ്സോടെയോ ആസക്തമായിരിക്കുന്നു സമാധി സൃഷ്ടിതോ സർവാഗ്രഹണം അവിടെ അദ്വൈതം മനസ്സിൽ മനസ്സിന്റെ അസ്തിത്വമില്ല അവിടെ തന്നെ മനസ്സിനെങ്ങനെ സമാധിയിൽ പോകാൻ പറ്റും കഴിയത്തില്ല അതുകൊണ്ട് സർവ അഗ്രഹണം അത് സുഷപ്തിയിൽ മാത്രമേ ഉള്ളൂ അപ്പൊ സമാധിയേക്കാൾ കേവമാണ് സുഷൃപ്തി എന്നാണ് പറഞ്ഞു വരുന്നത് നമ്മൾ ഉറക്കം കളഞ്ഞിട്ടാണ് സമാധിക്ക് വേണ്ടി പരിശ്രമിക്കുന്നത് ഇവിടെ പറയുന്നത് എന്താണോ അത് സമാധിക്കാൻ ശ്രേഷ്ഠമാണ് എന്തുകൊണ്ട് സർവാഗ്രഹണം അവിടെ സംഭവിക്കുന്നു എന്താ അത് ശ്രേഷ്ഠമാകുന്നത് ഇവിടെ ചർച്ച ചെയ്യുന്നത് അദ്വൈതത്തെക്കുറിച്ചാണ് ആ അദ്വൈതം ഉറക്കത്തിലാണ് സമാധിയിലല്ല ജാഗ്രതത്തിലല്ല സ്വപ്നത്തിലല്ല അതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് എന്താ സാധിക്കുന്നത് അദ്വൈതം ശ്രദ്ധിക്കുന്നു ഉറക്കത്തിലൂടെ അദ്വൈതം ശ്രദ്ധിക്കുന്നു ഉറക്കത്തിലാണ് അദ്വൈതം സർവാഗ്രഹണം ഉള്ളതുകൊണ്ട് അവിടെ ദ്വൈതമില്ല അതാണ് ശരിയായ അദ്വൈതം അതിലൂടെ മനസ്സിലാക്കുന്നു എന്താണ് മുമ്പ് പറഞ്ഞ കാര്യം ജാഗ്രത സ്വപ്നങ്ങൾ അവസ്ഥവാണ് സൃഷ്ടിയിലൂടെ അത് മനസ്സിലാക്കുന്നു ഒരു ജീവന് ജാഗ്രസ്വപ്നങ്ങൾ ഇല്ലാത്തൊരവസ്ഥയുണ്ട് സുഷൃത്തി അപ്പോൾ ഈ ജാഗ്രസ്വപ്നത്തിലെ എല്ലാ അനുഭവങ്ങളും അവസ്ഥവാണ് എന്ന് സുഷുതിയുമായി താരതമ്യം ചെയ്ത് മനസ്സിലാക്കാം സുഷുതി തന്റെ അനുഭവം അല്ല എന്നാർക്കും പറയാനും പോയി സൃഷ്ടി സ്വ അനുഭവമാണ് ഇപ്പൊ സുഷുതിയിൽ ഈ ജാഗ്ര സ്വപ്നങ്ങൾ അനുഭവപ്പെടാത്തത് കൊണ്ട് ഇത് അവസ്ഥ ആണ് പരമാർത്ഥമല്ല അവസ്ഥ ഇത് പരമാർത്ഥമല്ല ഇവിടെ ഗ്രഹണമുണ്ട് സുഷൃപ്തിയോ അത് പരമാർത്ഥം എന്തുകൊണ്ട് അവിടെ ദ്വൈതമില്ല ജാഗ്രസ്വപനങ്ങളില്ല ഇത് ഗ്രഹണം ഇവിടെ സംഭവിക്കുന്നുണ്ട് ഇത് പരമാർത്ഥം അല്ല അവസ്ഥവാണ് അതിനാണ് മിഥ്യ എന്ന് പറയുന്നത് സുഹൃത്തിയിൽ ഗ്രഹണം സംഭവിക്കാത്തതുകൊണ്ട് പരമാർത്ഥമാണ് സത്യമാണ് അദ്വൈതമാണ് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു കാരണം ഈ അദ്വൈതത്തെ നമുക്ക് മനസ്സിലാക്കാൻ വേറെ കഴിയുന്നില്ല ജാഗ്രത സ്വപ്നം സുഷുതി മൂന്നേ ഉള്ളൂ നമ്മുടെ മുമ്പിൽ മറ്റൊന്നില്ല നാനാമത്തൊന്നില്ല ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കണം ആശ്രയിച്ച് മനസ്സിലാക്കും അതുകൊണ്ട് അദ്വൈതമില്ലാത്ത അവസ്ഥ സുഷുതി അതിനെ പറയുന്നു അതിനു കുറിച്ച് ചർച്ച ചെയ്യുന്നു അവിടെ ദ്വൈതത്തെ ഗ്രഹിക്കാത്തൊരു സർവ്വഗ്രഹണം ഉള്ളത് കൊണ്ട് അത് സത്യമാണ് അത് അദ്വൈതമാണോ എന്ന് പറയും പക്ഷെ ഇത് ഒരു യുക്തിയിലൂടെ നമ്മൾ പറയുകയാണ് സുഹൃത്തിയിൽ എന്തായാലും അനുഭവങ്ങളൊന്നുമില്ല ജാഗ്രസ്വപ്നത്തിൽ അനുഭവം വെച്ച് ചിന്തിച്ചാലോ എന്തുകൊണ്ട് മറിച്ചായിക്കൂടാന്നാണ് അടുത്ത് ചോദിക്കുന്നത് ജാഗ്രസ്വപ്നോ അന്യസ്യ ഗ്രഹണസത്വമേവ് ഞങ്ങൾ പറയുന്നത് സുഷുതിയിൽ ഇതൊന്നും ഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് അസത്വമാണ് പക്ഷേ ജാഗ്രസ്വപ്നത്തിൽ ഇതൊക്കെ ഗ്രഹിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് സത്വം രണ്ടും ഒരേപോലെയാണ് യുക്തി ഒരുപോലെയാണ് ലോജിക് തിരിച്ചു പറഞ്ഞാൽ എന്താ സമാധാനം സിദ്ധാന്തി എന്താണ് പറയുന്നത് ജാഗ്രസ്വപ്നങ്ങളിൽ ഇതെല്ലാം ഗ്രഹിക്കുന്നു സുഷുതിയിൽ ഇതൊന്നും ഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഇതെല്ലാം അസത്താണ് അവസ്ഥ ആണ് പരമാർത്ഥമല്ല യുക്തിക്ക് തുല്യ ബലമാണ് തിരിച്ചും പറയാം അതിന് പറയും മിനിഗമന ഇല്ല ഒന്നിനെ സമർപ്പിക്കുന്നതിനൊരു പ്രത്യേക യുക്തിയൊന്നുമില്ല സാധാരണ എല്ലാവരും പറയുന്നു അങ്ങനെയാണ് ജാഗ്ര സ്വപ്നങ്ങളിൽ ഇത് അനുഭവപ്പെടുന്നത് ഇത് സത്യം എന്തുകൊണ്ട് സത്യം ഇതനുഭവപ്പെടുന്നു അപ്പോ എങ്ങനെ അനുഭവപ്പെടുന്നു സത്യമായിട്ട് അനുഭവപ്പെടുന്നത് ആർക്കും ഇതൊന്നും മിഥ്യയായിട്ട് അനുഭവപ്പെടുന്നില്ല അപ്പൊ അനുഭവത്തിന് പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് സത്യമായി തന്നെ സ്വീകരിക്കേണ്ടി വരും ജാഗ്രത സ്വപ്ന ഒരു അന്യസ് ഗ്രഹണം ജാഗ്ര സ്വപ്നങ്ങളിൽ ഈ ദ്വൈതത്തെ ഗ്രഹിക്കുന്നതുകൊണ്ട് സത്വമേവാ ഇത് സത്യം തന്നെ എന്ന് പറഞ്ഞാലോ ഇതിനെ നിശ്ചയിക്കുന്ന എന്താ യുക്തിയാണ് നിങ്ങളുടെ കയ്യിലുള്ളത് ഇത് ചെയ്ത് ശരിയല്ല അവിദ്യാകൃതത്വ ജാഗ്രസ്വപ്നോഫു ജാഗ്രസ്വപ്നങ്ങൾ അവിദ്യാകൃതമാണ് ജാഗ്രസ്വപ്നങ്ങൾ അവിദ്യാകൃതമായതുകൊണ്ടാണ് ഇത് അസത്വം എന്ന് പറയുന്നത് ഇത് പരമാർത്ഥമല്ല എന്ന് പറയുന്നത് ഇത് ഗ്രഹിക്കുന്നു അതുകൊണ്ട് ഇത് പരമാർത്ഥം എന്ന് പറയാൻ പറ്റത്തില്ല കാരണം അങ്ങനെയാണെങ്കിൽ ഗ്രഹിക്കുന്നതെല്ലാം പരമാർത്ഥം എന്ന് പറയേണ്ടി വരും ദ്വിതീയ ചന്ദ്രനെ ഞാൻ ഗ്രഹിക്കുന്നു അതുകൊണ്ട് രണ്ടാമതൊരു ചന്ദ്രനുണ്ടെന്ന് തിമിരദോഷമുള്ളവൻ പറഞ്ഞാൽ അത് എങ്ങനെ സ്വീകരിക്കാൻ പറ്റും അപ്പൊ ഗ്രഹിക്കുന്നത് എല്ലാം സത്യം എന്ന് പറയാൻ കഴിയാം അതിനാണ് ഭാഷ്യകാരൻ പ്രസിദ്ധമായ ഉദാഹരണം പറയുന്നത് രജിസത് രജൂര സർപ്പത്തെ ഗ്രഹിക്കുന്നതുകൊണ്ട് സത്യം ആ സർപ്പ സത്യമാണ് എങ്ങനെയാണോ വ്യാവഹാരികമായ സത്യമുള്ളത് കടിക്കുന്ന പാമ്പുള്ളത് അതുപോലെ ഇതും സത്യമാണോ ഇത് കടിച്ചാലും മരിക്കുമെന്ന് പറയാൻ കഴിയുമോ എന്തായി അത് ഗ്രഹിക്കുന്നു അപ്പൊ ഗ്രഹിക്കുന്നതുകൊണ്ട് മരം മരിച്ചു കഴിഞ്ഞാൽ ജലം കുടിച്ച് ദാഹം മാറ്റാമെന്ന് പറയാൻ പറ്റുമോ ഒന്നും കഴിയത്തില്ലല്ലോ ഗ്രഹിക്കുന്നു അതുകൊണ്ട് അത് സത്യം എന്ന് പറയുന്ന യുക്തി ശരിയല്ല എന്തുകൊണ്ട് ഗ്രഹണം അവിദ്യാകൃതമാകാം ഒരു മരീച്ചകയും ദ്വിതീയ ചന്ദ്രനും എല്ലാം മറ്റെന്തോ നിമിത്തങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന അതുപോലെ ജാഗ്രസ്വപ്നങ്ങൾ അവിദ്യ കൊണ്ട് സംഭവിക്കുന്ന അവിദ്യ കൊണ്ട് സംഭവിക്കുന്നത് അത് സത്യമല്ല അത് ആ വസ്തുവാണ് പരമാർത്ഥമല്ല ജാഗ്രത സ്വപ്നങ്ങൾ അവിദ്യ കൊണ്ട് സംഭവിക്കുന്നത് എന്തുകൊണ്ട് പറയുന്നു കാരണം സുഷൃതിയിൽ ജാഗ്രത സ്വപ്നങ്ങളില്ല സുഷൃതിയിൽ ജാഗ്രത സ്വപ്നങ്ങളുടെ അനുഭവമില്ല അവിടെ കേവലമായ അഗ്രഹണം മാത്രം ജാഗ്രത സ്വപ്നങ്ങളിലോ ഗ്രഹണം അപ്പൊ ഈ ജാഗ്ര സ്വപ്നങ്ങളിലേക്ക് എവിടെ നിന്ന് വന്നു അഗ്രഹണത്തിൽ നിന്ന് വന്നു അതിനാണ് അവിദ്യ എന്ന് പറയുന്നത് അഗ്രഹണത്തിൽ നിന്നും ഗ്രഹണത്തിലേക്ക് വന്നു അതുകൊണ്ട് പറയുന്നു അവിദ്യയിൽ നിന്നാണിത് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഒന്നുകിൽ പൂർണ്ണമായും അഗ്രഹണമായിരിക്കും അത് സംഭവിക്കുന്നില്ല എന്നാൽ പിന്നെ ചർച്ചയില്ല അല്ലെങ്കിൽ പൂർണമായും ഗ്രഹണമായിരിക്കും അതുമില്ല എന്തായാലും ജീവന്റെ ഈ മൂന്നവസ്ഥകളെയും കണക്കിലെടുക്കാതെ പരമാർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാനൊന്നും വരുത്തിയില്ല ജാഗ്രത മാത്രം എടുത്തോ സ്വപ്നത്തെ മാത്രം എടുത്തോ സൃഷ്ടിയെ മാത്രം എടുത്തോ ചിന്തിക്കാൻ സാധ്യമല്ല അതൊരു യുക്തിയില്ല അപ്പോ ജാഗ്രതനെ സ്വീകരിക്കുന്നത് പോലെ തന്നെ സുഹൃത്തിയെ സ്വീകരിക്കേണ്ടി വരും അപ്പോ അത് ആഗ്രഹണത്തിൽ നിന്ന് ഗ്രഹണം സംഭവിച്ചു ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുന്നു ആഗ്രഹണത്തിൽ നിന്ന് സംഭവിച്ച ഒന്ന് എങ്ങനെ സത്യമാകും എന്തുകൊണ്ട് അതിന്റെ കാരണം തന്നെ എന്താണ് ആഗ്രഹമാണ് അവിദ്യയാണ് അവിദ്യയിൽ നിന്നുണ്ടാകുന്ന എങ്ങനെ പരമാർത്ഥമാകും വിദ്യാകൃതത്വ ഇത് അവിദ്യാകൃതമാണോ എന്താ ഈ അവിദ്യ ആഗ്രഹം തന്നെ അവിദ്യ മറ്റൊന്നുമല്ല അവിടെ നിന്നല്ലേ ഇതെല്ലാം സംഭവിച്ചത് ആർക്കെങ്കിലും പറയാൻ ഞാൻ ഉണർവിലേക്ക് വന്നത് ഉറക്കത്തിൽ നിന്നല്ല എന്നാർക്ക് പറയാൻ കഴിയും ഏത് ബുദ്ധിമാനാ പറയാൻ കഴിയുന്നു ഞാൻ ഉണർന്നത് ഉറക്കത്തിൽ നിന്നല്ല എന്ന് പറയാൻ കഴിയും അനുഭവത്തിനോ യുക്തിക്കോ നടക്കുന്ന കാര്യമല്ല അഗ്രഹണത്തിൽ നിന്നും ഗ്രഹണത്തിലേക്ക് വന്നു അത്രേ താല്പര്യമുള്ളൂ അങ്ങനെ വന്നതുകൊണ്ട് ജാഗ്രസ്വപ്നങ്ങൾ പരമാർത്ഥമല്ല പരമാർത്ഥമായിരുന്നെങ്കിൽ ഒരിക്കലും അഗ്രഹണത്തിലേക്ക് പോകാൻ കഴിയില്ല എപ്പോഴും ഈ ഗ്രഹണം ഇതിൽ തന്നെ തുടർന്നു ഇത് പരമാർത്ഥമല്ലാന്ന് പറയുന്നു അല്ലെങ്കിൽ മിഥ്യ എന്ന് പറയുന്നതിന്റെ താല്പര്യം ഇത്രയേ ഉള്ളൂ ഇതിൽ തുടരാൻ കഴിയുന്നില്ല എത്ര ബലം പ്രയോഗിച്ചാലും ശരി ഇതിൽ പിടിച്ചിരിക്കാൻ കഴിയുന്നില്ല ഇതിനെ വരുന്നു ഇതിന് വിടുന്നുണ്ടെങ്കിൽ പിന്നെ ഇതിന് സത്യമെന്ന് പറയുന്നതിന് എന്താ അർത്ഥം ഇതിലേക്ക് വരുന്നത് ആഗ്രഹത്തിൽ നിന്നാണെങ്കിൽ ഇതങ്ങനെ സത്യമാകും അപ്പൊ ഇത് അവസ്തുവാണ് പരമാർത്ഥമല്ല അതുകൊണ്ടെന്താ കുർവക്ഷ പറഞ്ഞു ഇത് അനുഭവപ്പെടുന്നത് കൊണ്ട് സത്യം എന്ന് പറയുന്നതിന് വ്യക്തിയില്ല ഇത് അനുഭവപ്പെടുകയും മാറാതിരിക്കുകയും ഇത് സത്യം എന്ന് പറയാൻ ശരിയാണ് ഇത് അനുഭവപ്പെടുന്ന എന്നാൽ ദുരിതം സത്യമാകും ഇതങ്ങനെയാണ് അനുഭവപ്പെടുന്നു മാറിപ്പോകും വസുഷൃത്തിയും മാറുന്നുണ്ടല്ലോ പക്ഷെ അത് അനുഭവപ്പെട്ടിട്ട് മാറുകയാണ് അവിടെ അനുഭവം ഇല്ല എൻ്റെ രണ്ടും തമ്മിലെ വ്യത്യാസം ജാഗ്രതത്തിൽ അനുഭവമുണ്ട് ഗ്രഹണമുണ്ട് അങ്ങനെ പറഞ്ഞാൽ ജാഗ്രതയിൽ ഇത് അനുഭവപ്പെടുന്നു മാറിപ്പോകുന്നു നമ്മളിത് സത്യമല്ല സുഹൃത്തി അനുഭവപ്പെടുന്നു മാറിപ്പോകുന്നു നമ്മളത് സത്യമല്ല എന്ന് പറയാൻ കഴിയുമോ ഇല്ല എന്തുകൊണ്ട് സുഹൃത്തി ഗ്രഹണമല്ല അഗ്രഹണമാണ് ഗ്രഹണത്തിലാണോ മാറലും മറിയലും അല്ല അഗ്രഹണത്തിൽ അനുവചനീയം അതിൽ ഇങ്ങോട്ട് വരുന്ന ഇത്രയെ പറയാൻ പറ്റും കഴിയുന്നില്ല അതുകൊണ്ട് അതിനെ ജാഗ്രത നിഷേധിക്കാം നോക്കാം എന്തുകൊണ്ട് അവിടെ ഗ്രഹണമില്ല സുഹൃത്തി സൃഷ്ടിയിൽ ഗ്രഹണമില്ല അതുകൊണ്ട് തന്നെ നിഷേധിക്കും സുഹൃത്തിയെ നിഷേധിക്കാൻ കഴിയില്ല സുഹൃത്തി അനുഷ്ഠിക്കണമെങ്കിൽ എന്തു പറയണം ഞാൻ ഉറങ്ങിയില്ല എന്ന് പറയുന്നു അത് പറയാൻ കഴിയുന്നില്ല ഞാൻ ജാഗ്രതയിൽ ആയിരുന്നില്ല എന്ന് പറയാൻ കഴിയുന്നു സുഹൃത്തി അനുഷ്ഠിക്കാൻ കഴിയുന്നില്ല അതാണ് അപ്പൊ അഗ്രഹണത്തിൽ നിന്ന് ഗ്രഹണത്തിലേക്ക് വന്നു അവിദ്യാകൃതമാണ് ജാഗ്രത സ്വപ്നങ്ങൾ അവിടെ എന്ത് സംഭവിക്കുന്നു അവിദ്യാകൃതത്വ ജാഗ്രസ്വപ്നോഹോ ഏത് അന്യഗ്രഹണം ജാഗ്രത സ്വപ്നയോഹോ തത് അവിദ്യാകൃതം ഇവിടെ അന്യഗ്രഹണമുണ്ട് നാനാത്വത്തെ ഗ്രഹിക്കുന്നു ജാഗ്രത സ്വപ്നങ്ങൾ അത് ഹണത്തിൽ നിന്നും വന്നതാണോ അപ്പോൾ ഈ ജാഗ്രത്തിൽ നമുക്ക് സുഷത്യെ നിഷേധിക്കാൻ പറ്റത്തില്ല നമ്മൾ വിചാരിക്കും ഇപ്പോൾ ജാഗ്രതയിൽ സുഷത്തിയെ നിഷേധിക്കാമല്ലോ ഇപ്പൊ ഞാൻ ഉണർന്നിരിക്കുകയാണല്ലോ ഞാൻ ഉണർന്നിരിക്കുകയാണോ ഉറങ്ങുന്നില്ല അപ്പോൾ ഉറക്കത്തെ ഞാനിവിടെ നിഷേധിക്കുന്നു അതുകൊണ്ട് ഉറക്കവും സത്യമല്ല അത് സാധ്യമല്ല എന്തുകൊണ്ട് ഇത് വന്നിരിക്കുന്നത് അഗ്രഹണത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത് ഇത് അഗ്രഹണത്തിന്റെ കാര്യമാണ് എന്ന് മണ്ണിന്റെ കാര്യമാണ് മൺപാത്രം അപ്പൊ മൺപാത്രം ഇരിക്കെ മണ്ണിനെ നിഷേധിക്കാൻ വയ്യ കാര്യം സ്ഥിതി ചെയ്യ കാരണത്തെ നിഷേധിക്കാൻ വയ്യ ആ ഇത് മണ്ണല്ല ഞാൻ പാത്രത്തെയാണ് ആവശ്യപ്പെട്ടത് മണ്ണിനെ അല്ല എന്ന് പറഞ്ഞിട്ട് മണ്ണിനെ നിഷേധിക്കാൻ ശരിയാണ് പാത്രം ഉണ്ട് പക്ഷെ മണ്ണിനെ നിഷേധിക്കാൻ കഴിയും എന്തുകൊണ്ടത് കാരണമായതുകൊണ്ട് കാര്യം സ്ഥിതി ചെയ്യേ കാരണത്തെ നിഷേധിക്കാൻ പറ്റില്ല ഇതൊരു കാര്യമാണ് ഈ ഗ്രഹണം ീ ഗ്രഹണം അനുഭവപ്പെടുക ഇത് സ്ഥിതി ചെയ്യുമ്പോൾ ഇതിന്റെ കാരണമായ ആഗ്രഹണത്തെ നിഷേധിക്കാൻ പറ്റില്ല അത് നിഷേധിക്കുന്ന ഏതുപോലെയായിരിക്കും പാത്രം ഇരിക്കുകയും മണ്ണിനെ നിഷേധിക്കുമ്പോൾ ആഭരണമിരിക്കെ സ്വർണത്തെ നിഷേധിക്കുമ്പോൾ യുക്തിയില്ല അതുകൊണ്ട് ആഗ്രഹണം പരമാർത്ഥമായ ആഗ്രഹണം അതിനെ ആശ്രയിച്ച് ഈ ഗ്രഹണം സംഭവിക്കുന്നു അതവിടെ നിന്നാണ് വന്നത് അതിനെ വിട്ടിതിന് പോകാൻ സാധ്യമല്ല ആ ഗ്രഹണത്തെ വിട്ടിട്ട് ഗ്രഹണത്തിന് നില്ക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ജാഗ്രത്തിൽ സുഷുപ്തിയെ നിഷേധിക്കാൻ സാധ്യമല്ല ആശയ സുഷുപ്തി ജാഗ്രത നിഷേധിക്കാം എന്തുകൊണ്ട് അവിടെ പറയുന്നു ഞാൻ സുഷുപ്തനായിരുന്നു ഇതവിടെ ഇല്ലായിരുന്നു നിഷേധിക്കാൻ പറ്റും അതുകൊണ്ട് സുഷുപ്തി അവിദ്യാകൃതമല്ല അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത് ജാഗ്രത് അവിദ്യാകൃതമാണ് ജാഗ്രസ്വപ്നയോ തത് അവിദ്യാകൃതം ജാഗ്രസ്വപ്നങ്ങളല്ല ഈ ഗ്രഹണം അത് അവിദ്യാകൃതമാണ് അവിദ്യ അഭാവേ അഭാവാ അവിദ്യാഭാവെ അഭാവാ മണ്ണ് ഇല്ലെങ്കിൽ തന്നെ പാത്രമുണ്ട് മണ്ണില്ലെങ്കിൽ പാത്രമില്ല മണ്ണുള്ളപ്പോഴേ പാത്രമുണ്ട് അവിദ്യയുള്ളപ്പോഴേ ഇതുള്ളൂ അവിദ്യ ഇല്ലെങ്കിൽ ഇതുമില്ല എന്ന് പറയുകയാണെങ്കിൽ സുഷൃത്തിയിൽ സംഭവിക്കുന്ന ഈ കാര്യം എന്താണോ ഒന്നും അറിയാതിരിക്കുക ഇതും അവിദ്യാകൃതമായിക്കൂടെ സുഷുതി അഗ്രഹണമൊ അവിദ്യാകൃതമിതിച്ച് ജാഗ്രത്തിലെ ഗ്രഹണം അവിദ്യാകൃതമാണെന്ന് പറയുന്നു സമ്മതിച്ചു എന്നാൽ സുഷുപ്തിയിലെ അഗ്രഹണം അതും അവിദ്യാകൃതമാണെങ്കിലോ ആഗ്രഹവും അസത്യമായി നമ്മൾ സാറിന് അങ്ങനെ പറയാറുണ്ടോ സുഷുത്തിൽ എന്തുകൊണ്ടൊന്നിനെ അറിഞ്ഞില്ല എന്തുകൊണ്ട് അത് അവിദ്യ കൊണ്ടാണ് അറിയാത്തത് പറയാൻ എളുപ്പമുള്ള കാര്യമാണ് എളുപ്പമുള്ള സമാധാനമാണ് ആവിദ്യമുണ്ടായിരുന്നു അതുകൊണ്ടറിഞ്ഞില്ല അതായത് ജാഗ്രത്തിലെ ഈ വിചിത്രമായ അനുഭവങ്ങൾ ശരീരം ഉൾപ്പെടെയുള്ള ഒരു തരത്തിലും നിർവചിക്കാൻ കഴിയാത്തതായ ഈ അനുഭവങ്ങൾ പ്രപഞ്ചാനുഭവം ശബ്ദസ്പർശരൂപരസഗന്ധത്തിലുള്ള വിഷയാനുഭവം ശരീരത്തിന്റെ അനുഭവം ഇന്ദ്രിയങ്ങളുടെ അനുഭവം മനസ്സ് അതൊന്നും നിർവചിക്കാൻ കഴിയുന്നില്ല ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു അതുകൊണ്ട് പറയുന്നത് ആ വിദ്യാകമാണ് ഇതിന്റെ കാരണത്തെ അറിയാൻ വയ്യ ആ വിദ്യ അല്ലെങ്കിൽ അജ്ഞാനം മായ എന്നെല്ലാം പറയുന്നു കാരണം നിർവചനാതീതമാണ് അതുകൊണ്ടാണ് പേരുകളിലൂടെ അതിനെ പറയുന്നത് അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പറയുകയല്ല എന്താണെന്നും മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ട് പറയണം വിദ്യ എന്ന് മനസ്സിലാക്കിയിട്ട് പറയാൻ കഴിയില്ല ഇത് അവിദ്യാവൃതം തീരുമാനിച്ചു അങ്ങനെയാണെങ്കിൽ സുഷുതിയിലാഗ്രഹണം ഒന്നും ഗ്രഹിക്കാതിരിക്കുന്നു അതും അവിദ്യാവൃതമാവാ അവിടെ അവിദ്യ എന്ന് പറയുന്ന എന്തോ ഒരു പദാർത്ഥമുണ്ട് ഒരു വസ്തുവുണ്ട് നിർവചിക്കാൻ വയ്യ പക്ഷെ എന്തോ ഒന്നും ഉണ്ടോ അവിടെ അത് അഗ്രഹണത്തെ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞാലോ സുഹൃത്തെ അഗ്രഹണം അവിദ്യാവൃതം ഇതിചാഷ്യകാരൻ നിഷേധിക്കുന്നു അത് ശരിയല്ല അവിടെ അവിദ്യ കൊണ്ട് അഗ്രഹണം സംഭവിക്കുന്നില്ല അങ്ങനെ ഒന്ന് സ്വീകരിച്ചാൽ എന്താ വരും ഇവിടെ അവിദ്യ എന്ന് പറയുന്ന ഒരു വസ്തു കൂടി ഉണ്ടായിരുന്നു അജ്ഞാനം എന്ന് പറയുന്ന ഒരു വസ്തു കൂടി ഉണ്ടായിരുന്നു അത് അഗ്രഹണം എന്ന് പറയുന്ന ഒന്നിനെ ഉണ്ടാക്കി ദ്വൈതമായ ആത്മാവ് അവിദ്യ അവിദ്യ കൊണ്ടുവരുന്ന അഗ്രഹണം ഇതാണ് ദ്വൈതം ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന എന്തിനെ കുറിച്ച് അദ്വൈതത്തെ കുറിച്ചാണ് അദ്വൈതമെന്ന് പറയുന്നത് ദ്വൈതത്തെ സംബന്ധിക്കാനുള്ള അല്ല അതുകൊണ്ട് സുഷൃത്തിയിലെ ആഗ്രഹണം അവിദ്യാകൃതമാണ് എന്ന് പറഞ്ഞാലും ഞാൻ അത് ശരിയല്ല ഇത് വളരെ അദ്വീതത്തിലെ ഏറ്റവും മുഖ്യമായ ഒരു തത്വമാണ് പിന്നെ സാധാരണ പറയാറുണ്ടല്ലോ അങ്ങനെ പറയാറുണ്ട് നമ്മൾ പഠിച്ചിട്ടുമുണ്ടെന്നാണ് സുഷുത്തിയിലൊന്നും അറിയുന്നില്ല എന്തുകൊണ്ടറിയുന്നില്ല അവിദ്യ ഉണ്ട് അജ്ഞാനം കൊണ്ടൊന്നിനെ അറിയുന്നില്ല എന്നെല്ലാം പറയുന്നത് എന്റെ താല്പര്യം എന്താണ് അവിദ്യ കൊണ്ടൊന്നിനെ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നിനെ അറിയുന്നില്ല എന്താ കാരണം അവിദ്യ എന്ന് വെച്ചാൽ ആഗ്രഹണം സൃഷ്ടിയിൽ അഗ്രഹണം ഉണ്ടെന്നേ എന്റെ താല്പര്യമുണ്ട് ഒന്നിനെയും ഗ്രഹിക്കുന്നില്ല അല്ല സൃഷ്ടിയിൽ ആത്മാവിനോടൊപ്പം അവിദ്യ എന്ന് പറയുന്ന മറ്റൊരു സാധനമായിരുന്നു അത് അഗ്രഹണത്തെ സൃഷ്ടിച്ചു എന്നൊന്നും അതിനർത്ഥമില്ല സുഷ്ടജ്ഞാനം അവിദ്യ എന്നെല്ലാം പറയുന്നതിന് അഗ്രഹണമാണ് അജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഒന്നിനെ ഒന്നിനെ കുറിച്ചുള്ള ജ്ഞാനമില്ല അതാണ് അഗ്രഹണം അവിദ്യ എന്ന് പറഞ്ഞാൽ എന്താണ് വിദ്യയില്ല ജ്ഞാനം ഉണ്ടായിരുന്നില്ല അതാണ് അഗ്രഹണം സുഷൃതിയിൽ അഗ്രഹണമാണ് എന്തിന്റെ ആഗ്രഹണം ഈ ജാഗ്രത സ്വപ്നങ്ങളുടെ ആഗ്രഹം ഇതിനെ ഗ്രഹിക്കുന്നില്ല അത് അവിദ്യാകൃതമല്ല എന്ന് വന്നാൽ അദ്വൈതം ഒരിക്കലും സാധ്യമാകില്ല അദ്വൈതത്തിലേക്ക് എന്ന് അതുകൊണ്ട് സുഷുതിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന സുഷുതിയിൽ അവിദ്യ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമുണ്ട് അതൊരു ബാരിസ്യമായ തർക്കമാണ് അതൊരു ചർച്ചാ വിഷയമേ അല്ല സുഹൃത്തിൽ അവിദ്യയുണ്ടോ ഇല്ലയോ അതുണ്ടെന്ന് പറയുകയോ അല്ലെങ്കിൽ ഇല്ലെന്ന് പറയുകയോ അല്ല നമ്മൾ ചെയ്യുന്നത് അത് കേവലമായൊരു ലോജിക്കാണ് അർത്ഥശൂന്യമായ ലോജിക് ലോജിക്കിന് കഴമ്പുള്ള അർത്ഥമുള്ള കാര്യങ്ങളല്ല അർത്ഥശൂന്യമായ കാര്യങ്ങൾ കാണുന്ന ഈ ലോജിക്ക് ഉപയോഗിക്കുന്നു അതല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ് സുഷൃതി എന്നുള്ളതാണ് സുഷുതിയിൽ ആഗ്രഹണമുണ്ട് അതുകൂടെ പറയും നമ്മുടെ അനുഭവം അത് ഉപനിഷത്ത് പറയുന്നില്ല സ്വാനുഭവമാണ് സുഷുതിയിൽ ഒന്നിനെയും ഗ്രഹിച്ചില്ല എന്തുകൊണ്ടത് സംഭവിച്ചു കുറുപക്ഷെ അവിദ്യ കൊണ്ട് സംഭവിച്ചു ഭാഷകാലം പറയുന്നു അല്ല അവിദ്യ കൊണ്ട് എന്താ സംഭവിച്ചത് അതാണ് ഈ ജാഗ്രത സ്വപ്നം അതാണ് അവിദ്യ കൊണ്ട് സംഭവിച്ചത് സുഷൃക്തിയല്ല സുഷുതി അവിദ്യയുടെ കാര്യമല്ല പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ് പിന്നെന്താണ് സ്വാഭാവികത്വ സുഷുതിയിലെ ആഗ്രഹമെന്ന് വരുന്നത് സ്വാഭാവികമാണ് സ്വഭാവത്തിന് അവിദ്യ എന്ന അർത്ഥമുണ്ട് ഇന്ന് മുമ്പ് ഞാൻ തന്നെ പറഞ്ഞിട്ടുള്ളത് ഇവിടെ അർത്ഥം ജാഗ്രത ഈ ഗ്രഹണത്തെ പറയാൻ സ്വാഭാവികം എന്തുകൊണ്ട് സ്വഭാവം എന്നാൽ അവിദ്യ സ്വാഭാവികം എന്ന് വെച്ചാൽ അവിദ്യാകൃതം അങ്ങനെ പറയാം ജാഗ്രത സംബന്ധിച്ച് അത് ശരിയാണ് ജാഗ്രതത്തില് ഈ അനുഭവം ഗ്രഹണം സ്വാഭാവികമാണ് എന്തുകൊണ്ട് സ്വഭാവം എന്ന് വെച്ചാൽ വിദ്യ അതിന്റെ കാര്യമാണ് ജാഗ്രതയിലെ ഈ ഗ്രഹണം സുഷുപ്തി അങ്ങനെയല്ല അത് അവിദ്യാകൃതമല്ല അത് വ്യക്തമായും കൂടെ നിഷ്ചയിക്കുന്നു അത് അവിദ്യാകൃതമല്ല പിന്നെ സുഷിപ്തിയെ കുറിച്ച് എന്താണ് ഭക്ഷ്യകാരന് പറയാനുള്ളത് അഗ്രഹണം എന്നിന്റെ ആഗ്രഹണം ജാഗ്രസ്വപ്നങ്ങളുടെ ആഗ്രഹണം അതാണ് എന്നാത് ശൂന്യമാണോ അല്ല ഒരാൾ പറയുകയാണ് ശൂന്യമാണോ എന്ന് പറയാൻ എന്തുകൊണ്ട് അതിനെ നിഷേധിക്കാൻ കഴിഞ്ഞു എങ്ങനെയാണ് നിഷേധിക്കേണ്ടത് ഞാൻ ഉറങ്ങിയില്ല സുഷുതി എന്ന് പറയുന്ന ഒരു അനുഭവം എനിക്കില്ല എന്ന് പറഞ്ഞ് നിഷേധിക്കാൻ അപ്പൊ നിഷേധിക്കാൻ കഴിയാത്ത എന്താണ് പരമാർത്ഥം പരമാർത്ഥത്തെ മാത്രമേ നിഷേധിക്കാൻ കഴിയാതെ ജാഗ്രത സ്വപ്നത്തിന് നമുക്ക് അനായാസമായി നിഷേധിക്കാം അതുപോലെ എന്നാൽ സുഹൃത്തിയിൽ ജാഗ്രത സ്വപ്നങ്ങൾ നിഷേധിച്ചുകൂടെയില്ല സുഹൃത്തിയിൽ നിന്ന് ഒരു നിഷേധവും സാധ്യമല്ല ഒരു സമർത്ഥനം അങ്ങനെയില്ല എന്താണ് സുഷുത്തിയിൽ പോയി ജാഗ്ര സ്വപ്നങ്ങൾ നിഷേധിക്കുന്നവർ മെടുക്കനെ നമുക്ക് കാണാൻ പറ്റില്ല അത് സാധ്യമല്ല എന്തുകൊണ്ട് സുഷുതി സ്വാനുഭവമാണ് സുഷുതി അനുഭവ സ്വരൂപമാണ് അതുകൊണ്ട് അതിനെ നിഷേധിക്കാൻ പറ്റും ജാഗ്രതഫനങ്ങളെ നമ്മൾ നിഷേധിക്കുന്നു പറയുന്നത് സുഷുത്തിയിൽ അത് ഉണ്ടായിരുന്നില്ല നിഷേധിക്കുന്നു യുക്തി കൊണ്ട് ജാഗ്ര സുഷ്ടെ നമുക്ക് നിഷേധിക്കാൻ പറ്റും അനുഭവം കൊണ്ട് നിഷേധിക്കാൻ പറ്റും കാരണം അത് അനുഭവിച്ചു കഴിഞ്ഞു അതുകൊണ്ട് പറയുന്നത് സ്വാഭാവികമാണ് സ്വഭാവം എന്ന് പറഞ്ഞാൽ ആത്മാ അതാണ് പാണ്ഡവ്യത്തിൽ ഏകീഭൂത ഇവിടെയെല്ലാം ഏകീഭൂതനായിരിക്കുന്നു ഇവിടെ എന്താണ് ഗ്രഹണമുണ്ട് ദ്വൈതമുണ്ട് അവിടെ ദ്വൈതമില്ല ഏകീഭൂതം ഏകോപിച്ച ദ്വൈതമില്ലാന്നർത്ഥം ഒന്നുണ്ടെന്നുള്ള അർത്ഥത്തിലല്ല സാന്തോയത്തിൽ പറയും അവിടെ ഈ ജീവൻ ഈ ജീവഭാവത്തെ വിടിഞ്ഞ് പരമാത്മാവിനോട് ഏകീകിച്ചിരിക്കുന്നു എന്നെല്ലാം പറയുന്നതിന് താൽപ്പര്യം അതാണ് അവിടെ അദ്വൈതം സ്വാഭാവികത്വ എന്നാ പിന്നെ ചതുർത്ഥം മഞ്ഞന്തിമ സവിജ്ഞേയ പിന്നെ നാലാമത് എന്നാലും ഇതിന് പറയുന്നു മൂന്ന് പറഞ്ഞാൽ മതിയല്ലോ ജാഗ്രത് സ്വപ്ന സുഷുദ്ധികളുടെ പരമാർത്ഥം അതാണ് നാലാമതെന്ന് പറയുന്നത് മണ്ഡൂകൃത്തിൽ ചർച്ച ചെയ്തതാണ് മൂന്നും വേറിട്ട നാലാമത്തെ അല്ല ഇവിടെ ഭാഷകാരൻ പറഞ്ഞത് പശുവിന്റെ നാല് കാല് പോലെ നാലാമത്തെ കാലല്ല കർഷാവണത്തിന്റെ കാല് പോലെയാണ് എന്നെല്ലാം ഇവിടെ വിശദീകരിച്ചു ചതുർത്ഥം നാലാമത്തേതെന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ടത് ചതുർത്ഥം എന്ന് പറയുന്ന വാക്കിന്റെ വാച്യാർത്ഥമല്ല അതെല്ലാം നമ്മളവിടെ വിശദമായി ചർച്ച ചെയ്തു അവിടെ മനസ്സിലുണ്ടോ എന്ന് അറിയത്തില്ല നാലാമത്തതെന്ന് പറഞ്ഞത് കൊണ്ടാണ് ആൾക്കാർക്ക് ഭ്രമം വന്നിട്ട് ജാഗ്ര സ്വപ്ന സുഹൃദ്ധികൾക്ക് അപ്പുറമുള്ളതൊന്ന് നാലാമത്തെന്നുള്ള അർത്ഥം കൊടുക്കുന്നത് അല്ല നാലാമത്തന്നല്ല വേണ്ടി വന്നാൽ അഞ്ചാമത്തെന്നും പറയാം ആറാമത്തൊന്നും പറയാം ദുര്യം ദുര്യാതീതം ദുര്യാതീതാതീതം ഇങ്ങനെ എത്ര വേണോ പറയാം ഒരിടത്തും അത് ശബ്ദാർത്ഥമല്ല എന്നാ പിന്നെ ജാഗ്രത എന്ന് പറഞ്ഞാൽ പോരെ മതി ധാരാളം മതി ജാഗ്രത്തിലും അത് തന്നെയാണ് ജാഗ്രത്തിലും തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഒരു സംശയമില്ല എന്നാലേ അതും ഇത് സിദ്ധിക്കത്തുള്ളൂ പക്ഷേ ജാഗ്രത്തിൽ ഈ ഗ്രഹണം ദ്വൈത പ്രതീതി ഉണ്ടാകുന്നു ആ ദ്വൈത പ്രതീതിയെ നിഷേധിച്ച് ആ ദ്വൈതത്തെ വേണ്ടി സുഷുത്തി ആശ്രയിക്കേണ്ടി എന്നാൽ ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഹൃത്തിയിലും എല്ലാം സ്ഥിതി ആ തുര്യൻ തന്നെ എന്ന് ജാഗ്രത സ്വപ്ന സുഷുതികളിൽ നിന്ന് വിലക്ഷണനായി ആ തുര്യനെ ബോധിപ്പിക്കുന്നതിനു ചതുർത്ഥം എന്ന് അതാണ് ചതുർത്ഥം മന്യന്ദേഹ എന്നവിടെ പറഞ്ഞു അത് തന്നെ ഇവിടെയും വ്യക്തമാക്കുന്നു സ്വാഭാവികത്വ അല്ല അവിടെ അവിദ്യാകൃതമായ ആഗ്രഹമൊന്നുമില്ല ആഗ്രഹണം എന്ന് പറയുന്നതാണ് ആത്മാവിന്റെ സ്വരൂപം തന്നെ സുഷൃത്തി അങ്ങനെയാണെങ്കിൽ പിന്നെ സാധാരണ പറയുന്ന ചോദിക്കുന്ന ചോദ്യം അത് ഉറക്കം മതിയല്ലോ ജ്ഞാന കൊണ്ടെന്താ പ്രയോജനം ജ്ഞാനം കൊണ്ടുള്ള പ്രയോജനം ഇത് തന്നെ ജ്ഞാനത്തിലെ ഇത് അറിയുന്നുള്ളൂ ഉറക്കത്തിൽ എന്താണ് ഇതറിയുന്നില്ല ചന്തുകത്തി പറയും കൊതുക് ഉറങ്ങിയാൽ കൊതുകായി ഉറങ്ങും പുലി ഉറങ്ങിയാൽ ഉണർന്നു വരുമ്പോൾ പുലിയായിട്ട് ഉറങ്ങി വരുന്നു ഉണർന്നു വരുന്നു ആന ഉറങ്ങിക്കഴിഞ്ഞാൽ ഉണർന്നു വരുമ്പോൾ ആനയായിട്ട് തന്നെ വരുന്നു ആരും ആത്മാവായിട്ട് ഉറങ്ങുന്നില്ല ആത്മാവായിട്ട് ഉണരുന്നുമില്ല ഇത്രയൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ചോദിക്കുന്നത് എന്താണോ അങ്ങനെയാണെങ്കിൽ ഉറക്കം പോരെ അത് അറിവിൽ നിന്നുകൊണ്ടാ ചോദിക്കുന്നത് ഇത് അറിഞ്ഞില്ലെങ്കിൽ അത് ചോദിക്കാൻ കഴിയിട്ടില്ല അതാ ചോദ്യം ചോദിക്കാൻ കഴിയുന്നതാണ് ഈ അറിവിന്റെ ഫലം അപ്പൊ അതിൽ നിന്ന് സ്വയം തന്നെ മനസ്സിലാവുന്നു എന്താണ് ഉറക്കം പോരാ ജാഗ്രത്തിന്റെയും സ്വപ്നത്തിന്റെയും സുഹൃത്തുടേയും തത്വം അത് ഗ്രഹിക്കണം അതാണ് ജ്ഞാനം ജ്ഞാനം കൊണ്ട് സാധിക്കുന്ന അതാണ് ആ ജ്ഞാനം ഇല്ലെങ്കിൽ ഉറക്കം മാത്രമല്ല അത് മനുഷ്യന് മാത്രമല്ല മൃഗങ്ങൾക്കുമുണ്ട് അതിനെ ഭാഷകാരൻ മൃഗം സ്വാഭാവികം ആത്മാവിന് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നെ ചോദിച്ചാലും ഞാനീ അജ്ഞാനും തമ്മിൽ എന്താ വ്യത്യാസം ഞാനീ തത്വത്തെ അറിയുന്നു അജ്ഞൻ ഇതറിയുന്നില്ല അവന് വാങ്ങുന്നു ഉണരുന്നു വിദ്യ ഞാനി അതാണ് അച്ഛൻ പറഞ്ഞെന്താണ് നൈബന്ധം ഗ്രഹിത നിങ്ങളീ പറയുന്നതുപോലെ ഒന്നും എനിക്ക് അനുഭവമില്ലല്ലോ ദ്വിതീയ ചന്ദ്രനെ ഞാൻ ഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ അങ്ങനെയാണ് ഞാൻ ഗ്രഹിക്കുന്നുണ്ടല്ലോ അത് മാറുന്നതിനാണ് ഞാനത്തിൻ്റെ ആവശ്യം അപ്പൊ ജ്ഞാനത്തിൽ എന്തെങ്കിലും കൃത്രിമമായി ഞാനും കൊണ്ടിവിടെ ആരോപിക്കുന്നു ഞാൻ ജ്ഞാനിയാണെന്നോ അങ്ങനെയുള്ള ആരോപണങ്ങളൊന്നും ഇവിടെ ഇല്ല ജ്ഞാനത്തിൽ അങ്ങനെ ഒരു ആരോപണമില്ല ഞാൻ ജ്ഞാനിയാണ് മറ്റുള്ളവരുടെ രാജ്യന്മാരാണ് അതിനൊന്നും വേണ്ടിയല്ല അത് വെറും കൽപ്പനകൾ ഭ്രാന്തി ഭ്രമം ഞാൻ ജ്ഞാനിയാണ് അല്ലെങ്കിൽ എന്റെ ഗുരുജ്ഞാനിയാണ് മറ്റേ ഗുരു അജ്ഞാനിയാണ് ഇതൊക്കെ കൽപ്പനകൾ ഭ്രമം അതല്ല ഇവിടെ ചർച്ച ചെയ്യുന്നു സ്വാഭാവികത്വ സ്വാഭാവികമാണ് അവിടെ കേവലമായ ആത്മാവ് മാത്രം സൃഷ്ടിയിൽ കേവലമായ ആത്മാവ് മാത്രം ചോദിക്കാം ബുദ്ധിയുള്ളവൻ യുക്തി ഉള്ളവൻ ചോദിക്കും അങ്ങനെയാണെങ്കിൽ ജാഗ്രതോ കേവലമായ ആത്മാവ് മാത്രമാണല്ലോ ഇതറിയാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നതല്ല അത് തർക്കിക്കാൻ വേണ്ടിയിട്ടല്ല ജാഗ്രതത്തിലും കേവലമായ ആത്മാവ് മാത്രമേ ഉള്ളൂ ഇതാണ് അറിയേണ്ടത് അതിന് ദൃഷ്ടാന്തമായി ഉദാഹരണമായി സുഹൃത്തിയെ പറയുന്നേ ഉള്ളൂ ആ ജാഗ്രതത്തിലും കേവലമായ ആത്മാവ് മാത്രമാണോ എന്ന് ബോധിച്ചാൽ അതല്ലേ ബോധിക്കേണ്ടതെന്ന് വെച്ചാൽ അതാ ബോധിക്കേണ്ടത് അത് ബോധിച്ചാൽ പിന്നെ പ്രശ്നമില്ല അത് ബോധിക്കാത്തത് കൊണ്ടാണ് ഈ ചോദ്യം കുതർക്കം വീണ്ടും കുതർക്കവുമായിട്ട് വരുന്നത് എന്തിനു സൃഷ്ടി വരെ പോണം ജാഗ്രത മതിയോ എന്തിനു ചതുർത്ഥമെന്ന് പറഞ്ഞു ഇത് തത്വത്തെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമങ്ങളെല്ലാം തർക്കത്തിലൂടെ ആരെങ്കിലും തോൽപ്പിക്കാനോ ജയിക്കാനോ വേണ്ടിയല്ല പക്ഷെ എപ്പോഴും തർക്കത്തിലൂടെ ജയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു തത്വജ്ഞനെന്ത് ചെയ്യുന്നു തന്റെ തത്വത്തെ പ്രകാശിപ്പിക്കുന്നു അവിടെ തർക്കം കൊണ്ടൊന്നും നേടാനില്ല അണുഭാഷിക്കാനും തർക്കത്വം നിഷേധിച്ചത് സ്വാഭാവികത്വം അപ്പൊ സുഷുത്തിയിലെ ആഗ്രഹണം അവിദ്യാകൃതമല്ല ജാഗ്രതയുടെ ഗ്രഹണം മറിച്ച് അത് സ്വീകരിക്കേണ്ടി വരുന്നു അംഗീകരിക്കേണ്ടി വരുന്നു എന്തുകൊണ്ട് കേവലമായ അദ്വൈതം മാത്രമാണ് സത്യം അദ്വൈതം മാത്രമേ ഉള്ളൂ ഇതാണ് ഗുരു ഉപദേശിക്കുന്നത് ചെറു ഉപദേശിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ജാഗ്രത സ്വപ്നം എങ്ങനെ നിലനിൽക്കുന്നു എങ്ങനെ ഇത് അനുഭവപ്പെടുന്നു അതിനൊരു സമാധാനം പറയും ആ പരമാർത്ഥത്തെ ബോധിക്കുന്നത് വരെ ഒരു സമാധാനം ആവശ്യമാണ് പരമാർത്ഥത്തെ ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ചോദ്യമില്ല സമാധാനത്തിന്റെ ആവശ്യമില്ല അതുവരെ ഒരു സമാധാനം പറയുന്നു ആ സമാധാനം എന്ന് പറയുന്നത് ഈ ഗ്രഹണം അവിദ്യാകൃതമാണ് എന്നതുകൊണ്ട് ഈ ഗ്രഹണം പരമാർത്ഥമെന്നോ അവിദ്യ പരമാർത്ഥമെന്നോ അത് സുഹൃത്തിയിലും സ്ഥിതി ചെയ്യുന്നുവെന്നോ അതുകൊണ്ട് ദ്വിതം വരുമെന്നോ ഒന്നും അർത്ഥമില്ല അതെല്ലാം വ്യക്തമാക്കുന്നത് ഒറ്റവാക്യത്തിലാണ് എന്താണ് സ്വാഭാവികത്വ ആ ഒറ്റവാക്യത്തിൽ നിന്നും എന്താണ് അദ്വൈതം എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാം അതിന് പലതരത്തിലും വ്യാഖ്യാനിക്കാം അതിന്റെ വ്യാഖ്യാനമാണ് ഈ ശാസ്ത്രങ്ങളല്ല അതിന്റെ അനുഭവമാണ് ഈ ജാഗ്രത സ്വപ്നമല്ല സ്വാഭാവികത്വം അതൊരു സ്വാഭാവികമാണോ ഒരു ആത്മാവിൽ നിന്ന് ഭിന്നമായി സ്വസ്വരൂപത്തിൽ നിന്ന് ഭിന്നമായി മറ്റൊന്നുമില്ല ഇതെല്ലാം മറ്റൊന്നുമില്ലെങ്കിൽ കേവലം ആത്മാവ് മാത്രമേ ഉള്ളൂ എങ്കിൽ വീണ്ടും സംശയം വരാം ഇതൊക്കെ പിന്നെ എങ്ങനെ ഉണ്ടാകും ഇതിനൊരു കാരണം വേണ്ടേ ജാഗ്രത സ്വപ്നം ഈ അനുഭവങ്ങൾ എങ്ങനെ ഉണ്ടാകും കേവലം ആത്മാവ് മാത്രമാണെങ്കിൽ ഇതങ്ങനെ സംഭവിക്കും അതൊരു ന്യായമായ ചോദ്യമാണ് അതിന് പറയാമെന്നുള്ള പരമാവധി സമാധാനമാണ് ആ വിദ്യ ഇത് അവിദ്യാകൃതമാണ് ചോദ്യം ചോദിക്കുന്ന പോലെ ഇതിനെ സത്യമായി കണ്ടുകൊണ്ടാണ് ചോദിക്കുന്നത് സമാധാനം പറയുന്നയാളെന്താണ് ഇതിനെ അവസ്ഥയായി കണ്ടുകൊണ്ടാണ് സമാധാനം പറയുന്നത് അതുകൊണ്ട് ഇതിന്റെ പ്രതീതി ഇത് അവസ്ഥ ആയതുകൊണ്ട് സമാധാനം പറയുന്ന ആൾ ഇതൊരു പ്രശ്നമേ അല്ല ചോദ്യം ചോദിക്കുന്നതാണ് ഇതൊരു വലിയ പ്രശ്നമാണ് എന്തുകൊണ്ട് അയാൾ ഇതിനെ സത്യമായി കാണും അയാൾക്ക് സത്യമായ സമാധാനം വേണം സമാധാനം പറയുന്ന ആളെന്താണ് ഇതിനെ അവസ്ഥ കാണുന്നത് അതുകൊണ്ട് ചോദ്യം സമാധാനം ഇതിനൊന്നും അയാൾ അസ്വസ്ഥനാകുന്നില്ല രണ്ടുമില്ല വ്യത്യാസം എന്താണ് അതിനെ വിശദീകരിക്കുന്ന ഭാഷകാരം സ്വാഭാവികത്വ ദ്രവ്യ തത്വം അവിക്രിയത്വ വിക്രിയാനും ദ്രവ്യ തത്വം ദ്രവ്യം എന്ന് പറയുന്നത് എന്താണ് ആ സുഷുത്തിയിൽ ശേഷിച്ചത് അതാണ് ദ്രവ്യം അതിന്റെ വാസ്തവം യാഥാർത്ഥ്യം എന്താണത് അഭിക്രിയാണ് വെച്ചാൽ അഗ്രഹണമാണ് ഇവിടെ അതെല്ലാം അഗ്രഹണമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഗ്രഹണം പരമാർത്ഥമല്ല സുഷൃത്തിന്റെ അഗ്രഹണമാണ് പരമാർത്ഥം അതാണ് ദ്രവ്യത്തിന്റെ തത്വം സുഷൃത്തിയിൽ എന്താണോ ശേഷിച്ചതാണ് ദ്രവ്യം അതിന്റെ യാഥാർത്ഥ്യം പരമാർത്ഥം എന്ന് പറയുന്നത് അത് ഗ്രഹണമല്ല വിക്രിയ അല്ല വിക്രിയെന്ന് വെച്ചാൽ ഗ്രഹണം എന്നുള്ള പര അനപേക്ഷത്വം അതവ് ഒന്നിനെ ആശ്രയിക്കുന്നില്ല ഒന്നിനെ ആശ്രയിക്കുന്നില്ല അത് അതല്ലാതെ രണ്ടാമതൊന്നില്ല ഏകീഭൂതൻ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അവിടെ ഏകീഭൂതമായിരിക്കുന്നു ഒന്നായിരിക്കുന്നു അപേക്ഷിക്കാൻ മറ്റൊന്നും വേണ്ടേ ഒന്നുമില്ല അയാൾ പറയണേ എന്നാലും ആ ആത്മാവിൽ നിന്ന് വേറിട്ട് എന്തോ ഒന്നും വേണം അല്ലെങ്കിൽ എങ്ങനെയും ജാഗ്രത സ്വപ്നങ്ങൾ ഇതിനൊരു കാരണം വേണ്ടേ പറയണ് നിർഗുണവും നിരാകാരവും ആയിരിക്കുന്ന അതിൽ നിന്ന് ഉണ്ടാകും അതിന് മറ്റൊന്നും വേണ്ടേ ശരി അതിന് മറ്റൊന്ന് വേണമെന്ന് നിർബന്ധമാണെങ്കിൽ അത് അംഗീകരിച്ചോളൂ അതിന് നിങ്ങൾ മായയെന്നോ അവിദ്യ എന്നോ അജ്ഞാനമെന്നോ എന്തെങ്കിലും ഒരു പേരിട്ട് അതിനൊന്നുകൂടെ സ്വീകരിച്ചോളൂ വിരോധമില്ല സുഷുതി എന്താണോ ആ രണ്ടാമത് ഉണ്ടെന്ന് പറയുന്നത് അത് അതിൽ നിന്നും വേറെയല്ല സുഷുതിയില്ല കേവലമായ ആത്മാവിൽ നിന്ന് വേറിട്ടൊന്നും ഇല്ല ജാഗ്രത്തിൽ തന്നെ ജാഗ്രത്തിൽ ഈ ഗ്രഹണരൂപത്തിൽ അനുഭവപ്പെടുന്ന എന്തോ അതൊന്നും ആത്മാവിൽ നിന്നും വേറിട്ടല്ലേ ആത്മാവ് തന്നെ അവിടെയാണ് തത്വജ്ഞാനത്തിന്റെ ആവശ്യം വരുന്നത് ഉറക്കത്തിൽ നിന്നും കൂടുതലായി തത്വജ്ഞാനത്തിന്റെ ആവശ്യം വരുന്ന എവിടെയാണ് തത്വജ്ഞാനം കൂടെ അത് ബോധിക്കാൻ പറ്റത്തില്ല തത്വജ്ഞാനം കൂടെ ഉറങ്ങാൻ പറ്റും തത്വജ്ഞാനത്തിന്റെ ആവശ്യം ഇവിടെ ആത്മാവിൽ നിന്നും അന്യമായി ഈ ഗ്രഹണം ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിലും ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നെങ്കിലും ആത്മാവിൽ നിന്ന് വേറിട്ട് ഈ ഗ്രഹണം ഇല്ല എന്ന് മനസ്സിലാക്കുന്നതിന് തത്വം ഞാനതിന്റെ ആവശ്യമുണ്ട് സുഷുത്തിയിൽ ഈ ഗ്രഹണത്തിന് കാരണമായി എന്തൊക്കെയോ ഉണ്ട് ഭാഷകാരൻ തന്നെ പറയുന്നു അത് നിർവചിക്കാൻ വയ്യ അനിർവചനീയമാണ് എന്തൊക്കെയുണ്ട് സ്വീകരിച്ചോളുക കുഴപ്പമില്ല അവിദ്യ ഉണ്ടെന്നോ മായ ഉണ്ടെന്നോ എന്തുണ്ടെന്നും സ്വീകരിച്ചോളൂ പക്ഷെ എന്താണോ ഉള്ളത് അതീ ജാഗ്രതത്തിലെ പോലെ എന്താണോ ആത്മാവിൽ നിന്നും വേറിട്ടൊന്നുമില്ല ആത്മാവ് തന്നെയാണ് അഗ്രഹണം എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം അതാണ് ആത്മാവിൽ നിന്നും വേറിട്ടൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ വാദിക്കേണ്ട കാര്യമില്ല എന്താണ് അവിടെ അജ്ഞാനം ഉണ്ടോ അജ്ഞാനമില്ലെങ്കിൽ അജ്ഞാനമില്ല ആത്മാവ് മാത്രമേ ഉള്ളൂ എങ്കിൽ പിന്നെ എങ്ങനെ ഈ ദുവിതം ഉണ്ടാകും അതിനൊരു കാരണം വേണ്ടേ നിർഗുണമായ ആത്മാവ് എങ്ങനെ ദ്വൈതത്തിന് കാരണമാകും ഇങ്ങനെയുള്ള അർത്ഥശൂന്യമായ തർക്കങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തി ഇവിടെ ചർച്ച ചെയ്യുന്ന എന്താണ് യുക്തിക്കനുസരിച്ചല്ല കേവലമായ അനുഭവത്തിനനുസരിച്ചിട്ടാണ് ആ അനുഭവത്തെയാണ് ജ്ഞാനം എന്ന് പറയുന്നത് ആ ജ്ഞാനം ഉണ്ടെങ്കിൽ അയാൾക്ക് മുക്തനാകാൻ കഴിയും സുഹൃത്തി കൊണ്ട് മുക്തനാകാൻ കഴിയത്തില്ല എന്തുകൊണ്ട് പക്ഷേ അത് സ്വാഭാവികം അത് നിത്യമുക്തമാണ് അവിടെ മുക്തനാകേണ്ട ആവശ്യമില്ല ആത്മാവിന് മുക്തനാകേണ്ട ആവശ്യമില്ല അത് നിത്യമുക്തമാണ് ജീവന് മുക്തനാകണം ഈ സംസാരത്തിൽ നിന്ന് മുക്തനാകണം ആ സൃഷ്ടി കൊണ്ട് സാധിക്കുന്നില്ല അതുകൊണ്ട് അവൻ ശ്രുതിയെ ആശ്രയിക്കുന്നു ഗുരുവിനെ ആശ്രയിക്കുന്നു തത്വജ്ഞാനത്തെ ആശ്രയിക്കുന്നു അപ്പൊ തത്വജ്ഞാനം ആവശ്യമാണോ സൃഷ്ടി കൂടാതെ അല്ല സൃഷ്ടി കൊണ്ട് മാത്രം മോക്ഷം സാധിക്കത്തില്ല മോക്ഷം നിത്യസിദ്ധമാണോ പക്ഷെ ജീവൻ മോക്ഷം ജ്ഞാനം കൊണ്ട് സാധ്യമാണ് വിശദീകരിക്കേണ്ട തത്വം അവിക്രിയ അവിടുത്തെ തത്വം അവിക്രിയാണ് ആഗ്രഹമാണ് പരാനപേക്ഷത്വ അവിടെ ഒന്നിനെയും അപേക്ഷിക്കുന്നില്ല രണ്ടാമതൊന്നും ഒന്നില്ലല്ലോ കേവലമായ ആത്മാവ് മാത്രമല്ലേ ഉള്ളൂ പരമാർത്ഥം അതാണ് എന്നാലും സ്വയം അജ്ഞനാണെന്ന് കരുതുകയും സ്വയം താൻ സംസാരിയാണെന്ന് കരുതുകയും ബന്ധനാണെന്ന് കരുതുകയും മോക്ഷ വേണമെന്ന് ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവനെ സംബന്ധിച്ച് ജാഗ്രത്തിൽ ഗ്രഹണവും സ്വപ്നത്തിലാഗ്രഹണവും എന്നെല്ലാം പറഞ്ഞ് ബോധിപ്പിക്കേണ്ടി വരും തത്വജ്ഞാനത്തെ ബോധിപ്പിക്കേണ്ടി വരും അത് മോക്ഷത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയല്ല മോക്ഷം നിത്യസിദ്ധമാണ് എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതാണ് അദ്വൈതം പരാനപേക്ഷത്വ വിക്രിയാന തത്വം ഇത് തത്വമല്ല ഈ ഗ്രഹണം ഇത് പരമാർത്ഥമല്ല എന്ന് പറയുന്നത് ശാസ്ത്രം പറയുന്നതല്ല യുക്തി കൊണ്ട് സമർത്ഥിക്കുന്നു അല്ല സ്വാനുഭവം തന്നെ ഇത് പരമാർത്ഥം എന്തുകൊണ്ട് പരാപേക്ഷത്വ ഇവിടെ പരാപേക്ഷയുണ്ട് അല്ലേ ഇവിടെ ശരീരമുണ്ട് മനസ്സുണ്ട് ബുദ്ധിയുണ്ട് ശബ്ദസ്പർശ രൂപ സഗന്ധങ്ങളുണ്ട് ഗുരുവുണ്ട് ശിഷ്യനുണ്ട് ശാസ്ത്രമുണ്ട് സംസാരമുണ്ട് മോക്ഷമുണ്ട് അപ്പൊ പരാപേക്ഷമാണിത് ഗ്രഹണത്തിൽ പരാപേക്ഷ നടക്കുന്നു പരമാർത്ഥത്തിൽ സുഷുപ്തിയിൽ ആ പരാപേക്ഷയില്ല അപ്പോൾ ഇവിടെ ബോധിപ്പിക്കുന്നത് ആ സുഷുതിയിൽ ശേഷിക്കുന്ന ആ തത്വം അത് പരമാർത്ഥമാണ് അത് മുക്തമാണ് തത്വജ്ഞാനം വേണ്ട ഉറങ്ങിയാൽ മതിയും നല്ല ബോധിപ്പിക്കും രണ്ടും രണ്ടു കാര്യമാണ് തത്വജ്ഞാനം ജാഗ്രതത്തിലാണ് ജാഗ്രതത്തിൽ അത് ബോധിപ്പിക്കും ആത്മാവ് മുക്തനാണ് ബോധവനുണ്ടാവണം ശ്രോതാവന് ആത്മാവ് നിത്യമുക്തമാണെന്നുള്ള ബോധം ഉണ്ടാവണം അങ്ങനെയാണ് അതാണ് മുക്തിയെ പ്രാപിക്കുക എന്നുള്ളതിന്റെ അർത്ഥമൊന്നും ബോധ്യുന്നു അത് ജാഗ്രത്തിൽ അത് ഞാനും കൊണ്ടേ സാധ്യമാകും സൃഷ്ടിച്ചുകൊണ്ട് സാധ്യമാകുന്നു ജാഗ്രതത്തിൽ ആത്മാവ് നിത്യമുക്തമായിരുന്നിട്ടും ജീവൻ ബദ്ധനായിരിക്കുന്നു അതുപോലെയുള്ളൂ ാവം വെടിഞ്ഞ് ഏകീഭാവം സംഭവിച്ചിട്ടും അവൻ ഉണരുമ്പോൾ വീണ്ടും ബദ്ധനായിരിക്കുന്നു രണ്ടും ഒരേപോലെ തന്നെ സംഭവിക്കുന്നു ജാഗ്രതത്തിൽ മുക്തനായിരുന്നിട്ടും ബദ്ധനായിരിക്കുന്നു സുഷൃതിയിൽ ഈ ഗ്രഹണത്തെ ഉപേക്ഷിച്ച് സ്വാഭാവികമായി മുക്തനായിട്ടും വീണ്ടും ബദ്ധനായിരിക്കുന്നു തുര്യൻ ഈ രണ്ടാവസ്ഥകളിൽ മുക്തനായിരിക്കുന്നു ജാഗ്രത സ്വപ്നം എന്നുള്ള ഭേദത്തെ കൂടാതെ ഗ്രഹണം അഗ്രഹണമെന്ന് പറയുന്ന ഈ അവസ്ഥകളെ ആശ്രയിക്കാതെ മുക്തനായിരിക്കുന്നു അതാണ് തുര്യൻ ജാഗ്രതയിലും മുക്തനാണ് സുഷത്തിയിൽ നിന്ന് മുക്തനാണ് അതാണ് വാസ്തവ സ്വരൂപം അത് വിശദീകരിക്കാൻ വേണ്ടി പറയുന്നു എന്താണ് എന്ന തത്വം ഈ ഗ്രഹണം ഇത് തത്വമല്ല പരാപേക്ഷത്വ നാനാത്വത്തെ ആശ്രയിച്ചാണ് സംഭവിക്കുന്നത് എന്തുകൊണ്ട് ഈ ഗ്രഹണം സംഭവിക്കുന്നത് ആത്മാവിനെ ആശ്രയിച്ചിട്ടാണോ അത് വിഷയങ്ങളെ ആശ്രയിച്ചിട്ടാണോ അത് ശരീരത്തെ ആശ്രയിച്ചിട്ടാണോ അത് സ്വന്തം മനസ്സിനെ ആശ്രയിച്ചിട്ടാണോ അതോ ഇനി ഇതിനെല്ലാം പിന്നിലുള്ള മായ എന്ന് പറയുന്ന അനിർവചനീയമായി ഒന്നിനെ എന്തിനെ ആശ്രയിച്ചിട്ടായാലും ഇവിടെ പരാപേക്ഷയുണ്ട് ആത്മഭിന്നമായ പലതും സാപേക്ഷമായിരുന്നു കൊണ്ട് ഈ ഗ്രഹണമെന്ന് പറയുന്ന അനുഭവത്തെ ഉണ്ടാകുന്നു തത്വം ഇവിടെ കാരകാപേക്ഷ ഉണ്ട് എന്താണ് കാരകാപേക്ഷറയുന്നത് അറിവ് അറിയുക എന്ന് പ്രക്രിയ റിയുന്നവൻ അതാണ് മുഖ്യമായ കാരകം കർത്തൃ കാരകം അറിയുന്നവൻ ഇതെല്ലാം ഇവിടെയുണ്ട് അറിയുന്നവൻ മാത്രം ഉണ്ടായപ്പോല മറ്റ് കാരകങ്ങളെല്ലാം കർത്താവ് കർമ്മം കരണം സമ്പ്രദാനം അപാദാനം അധികരണം ഈ കാരകങ്ങളെല്ലാം അവിടെ വേണം എന്നാലും ഇത് സംഭവിക്കത്തുള്ളു അപ്പൊ ഈ ജാഗ്രത കാരകാപേക്ഷ കാരകത്തെ അപേക്ഷിക്കുന്നു ഗ്രഹണം കാരകത്തെ അപേക്ഷിക്കുന്നു എന്ന് വെച്ചാൽ ഗ്രഹണം ഗ്രഹിക്കുന്നവനെ അപേക്ഷിക്കുന്നു ഗ്രഹിക്കുന്നതിനുള്ള ഉപകരണങ്ങളെ അപേക്ഷിക്കുന്നു ഗ്രഹിക്കുന്നതിന് എന്തൊക്കെ ആവശ്യം അതിനെല്ലാം അപേക്ഷിക്കുന്നു പക്ഷെ തത്വം പരമാർത്ഥം ഇതിനൊന്നിനും അപേക്ഷിക്കുന്നില്ല സുഷുദ്ധി അവിടെ അഗ്രഹണം അതാണ് പരമാർത്ഥം വസ്തുന തത്വം അതവിടെയാണ് അത് നഹി കാരകാപേക്ഷം കാരകത്തെ അപേക്ഷിക്കുന്നില്ല ഒന്നിനെ അപേക്ഷിക്കുന്നില്ല അതാണ് സത് വിശേഷത പരമാർത്ഥത്തിന്റെ ഒരു വിലക്ഷണത പ്രത്യേകത അതാണ് അത് കാരകത്തെ അപേക്ഷിക്കുന്നില്ല ഗ്രഹണത്തിന് ആവശ്യമായിട്ട് ഒന്നിനെ അപേക്ഷിക്കുന്നില്ല വിദ്യ അപേക്ഷിക്കുന്നില്ല വിദ്യ അപേക്ഷിക്കുന്നില്ല ഗ്രഹണമോ കാരകാപേക്ഷ വിശേഷച്ച വിക്രിയ ഈ ഗ്രഹണം അത് കാരകത്തെ അപേക്ഷിക്കുന്നു ഇവിടെ ഗ്രഹണം സംഭവിക്കുന്നു ഇതാണ് ഇവിടുത്തെ വിശേഷം രണ്ട് വിശേഷങ്ങളാണ് ജാഗ്രതത്തിലെ വിശേഷം ഒന്ന് സുഷുപ്തിയിലെ വിശേഷം മറ്റൊന്നും സുഷുപ്തിയിലെ വിശേഷം എന്താണോ അവിടെ കാരകാപേക്ഷ ഇല്ല ആ ഗ്രഹണം പരമാർത്ഥം അത് ശ്രുതി എന്ന് പറയും ഈ ജീവൻ എന്നും പരമാർത്ഥത്തെ പ്രാപിക്കുന്നു ആ പരമാർത്ഥത്തെ പ്രാപിച്ചാലും അവൻ അറിയുന്നില്ല ഞാനിതാ പരമാർത്ഥമാണോ സത്യത്തെ പ്രാപിച്ചാലും അവിടെ ഗുരുവിന്റെ ആവശ്യമില്ല ശാസ്ത്രത്തിന്റെ ആവശ്യമില്ല ഉപദേശത്തിന്റെ ഒന്നുമില്ല ഒരു എന്ന് പറയുന്നതാണ് ഞാൻ പറയുന്നല്ലോ സതിസമ്പദ്ഹു അവൻ ആ സത്തിനെ പ്രാപിച്ചിട്ടും അവൻ അറിയാൻ കഴിയുന്നില്ല സതിസമ്പദ്ധ്യാമേ ഞാനിതാ പരമാർത്ഥത്തെ പ്രാപിച്ചിരിക്കുന്നു ഞാൻ സത്താണോ ഞാൻ മുക്തനാണോ അതറിയാൻ കഴിയുന്നില്ല അതറിയുന്നതിന് വേണ്ടിയിട്ടാണ് ജ്ഞാനത്തിന്റെ ആവശ്യം ഉറക്കത്തിൽ നിന്നും കൂടുതലായിട്ട് അതിനാണ് ഗുരുവിന്റെ ആവശ്യം ശാസ്ത്രത്തിന്റെ ആവശ്യം അല്ല ആത്മാവ് നിത്യം മുക്തമാണ് പരമാത്മാവിൽ നിന്ന് വേറിട്ടല്ല അതാണ് പരമാർത്ഥമെങ്കിലും ഗുരുവിനെയും ശാസ്ത്രത്തെയും ഈശ്വരനെയും സാധനയും എല്ലാം ആവശ്യമായി വരുന്നത് ഇതുകൊണ്ടാണ് എന്താണ് കാരകാപേക്ഷോ വിശേഷച്ച വിക്രിയ ഈ ജാഗ്രതയിൽ കാരകാപേക്ഷ വരും ഇവിടുത്തെ വിശേഷം എന്താണ് ഈ വിക്രിയ ഈ ഗ്രഹണം അത് തന്നെ ഏറ്റവും വലിയ വിക്രിയ ഗ്രഹണത്തെ ആശരിച്ചു വരുന്ന ബാക്കി വിക്രിയകളെല്ലാം പ്രവൃത്തിയും വാക്കും എല്ലാം ഗ്രഹണത്തെ ആശ്രയിച്ചു അതുകൊണ്ട് പറയുന്നു ജാഗ്രത സ്വപ്നയോ സഗ്രഹണം വിശേഷ ജാഗ്രസ്വപ്നങ്ങളുടെ വിശേഷത പ്രത്യേകത എന്താണ് ഈ ഗ്രഹണം സുഹൃത്തിയിലോ അഗ്രഹണം അത് പരമാർത്ഥം അത് സത്യം അതുകൂടെ പറയുന്നത്